ഇപ്പൊ ത്വൻ ബെയ്റ്റും ഈ തത്തിന്റെയും ആ കമിനവും ഈ ബെയ്റ്റ് മുമ്പ് പറഞ്ഞതിന്റെ അതേ വാക്കിലുണ്ട് അപ്പൊ ഇവിടെ തത്തിനും കുറോപ്പ് കൊണ്ടുള്ള അവൻ മുറാബ് പിന്നെ ഉറൂഫുണ്ട് നാഗറൊക്കെ ഈ നാണിരത്തി മനുഷ്യന്റെ നായറായ ബഷരീയത്തിന്റെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ പുറമെ കാണുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാണ് ൂടേശ അതിനപ്പ് നിൽക്കാറും എന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവിടെ രണ്ടാം ഈ എഴുന്നൂറ്റി പത്തൊമ്പത് എഴുന്നൂറ്റി ഇരുപതാമത്തെ പേരിൽ പറഞ്ഞിട്ടുണ്ട് ഈ പുറമേ ഉള്ള നാങ്ങളായ കാര്യങ്ങൾ ഒറ്റമൊത്തുണ്ടാക്കും കറുപ്പ് ചെക്കരി അപ്പു എന്നൊക്കെ ഇമാറത്തും മീനിന്റെ എഴുത്ത് വായിക്കുന്ന പറഞ്ഞിട്ട് സുസ്ഥിരീ പറഞ്ഞ പേരിൽ അവർ പ്രചരിക്കാറുണ്ട് എന്നി അല സുവരിൽ അഖുബാലും ഈ ലോകത്തിന്റെ ഭൗതികമായ ഈ സുഹൃത്തുക്കളെ സംബന്ധിച്ച് ഇതെല്ലാം ഓരോ ഹർത്തുകളാണ് അല്ലെങ്കിൽ ശക്തികളാണ് ഓരോ എത്തുകളാണ് എന്നൊക്കെ പറയാം ഇത് ഇങ്ങനെ നോക്കിയാൽ ഒരു കിതാബിന്റെ എഴുത്ത് നോക്കിയാലും നമുക്ക് ആ കിതാബിന്റെ ഉള്ളിലുള്ള മഹാനിയളെല്ലാം കിട്ടുന്നത് പോലെ ഒരു ഇതായി ഗ്രഹം നോക്കുമ്പോഴേക്കി രഹിതീയ മുസന്നിഫിന്റെ ഏഹ് മംഗഭേദങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആനന്ദങ്ങളൊക്കെ ഈ انما ربنا ما يلوغ ما عندهم ذو غروب قال يعني قرط بعث كتابنا مطاله مره مطاله العالم ان مطاله الكون لدوته مطاله يمدني من الربا والدعائهم والكتاب وانما الماقور الذي هو المعان الدقيق في سكر غطو ما ഈ ഓഫ് എന്ന ഭൗതിയമായ ലോകത്തെ ഉത്തോമെന്ന് പറയുന്നു ഈ റോസുവരുന്ന സെക്കൻഡുകളിൽ അടക്കം ചെയ്യപ്പെട്ട ലത്തീഫായ മായകളാണ് ഏത് മഴക്കൂലി ആ മഴക്കൂലി തദ്ധത ഉപവദിപ്പിക്കുന്നു നമ്മളിപ്പോൾ ദുർബുക് ലോക്കി സുതോട്ടുന്നു ദുർമിപ്പിസ്ഥത കിറ്റുകളിലടങ്ങിയ മുത്തുകൾ അവധാഹനം പോലെയാവുന്നു പിറമേയുള്ള ലോകം അതിന്റെ ഉള്ളിലാങ്ങിയ മുത്ത് അതിന്റെ കാതലായ വശം അപ്പം അതിനെ ആഗ്രഹിച്ചു ചുറ്റി കിട്ടിയാൽ മുത്താണെ ഒക്കത്തോളു ലോകം കഴിഞ്ഞ കിട്ടിയാൽ ആ ലോകത്തടക്കം ചെയ്യപ്പെട്ട അന്നാഹൂരിന്റെ അജായത് കുതിർത്തി അവന്റെ അസ്മാരും അവനുമായുള്ള സുഹൂദും ഇതിയൊക്കെയാണ് ആ മുത്താണക്ക് ഈ ലോകത്തിന്റെ ഇത്തരം മാത്രം നോക്കി ഏതെങ്കിലും അബാനികളാകുന്ന റുസൂമിൽ ബാഫ് നേരം അബാനികളാകുന്ന റുസൂമുകളിലടങ്ങിയ മഹാനികളും അടങ്ങിയ യാക്കൂസുകളെ പോകുന്നു അബാനി അവാണികളാകുന്ന ഈ ലോകമുണ്ടായി അസ്ബാഫു ീറ്റീന്ന് സ്ഥലത്തെ മഹാനികൾക്കൂട്ട് അപ്പൊ സമം വക്കപ്പാൻ പൊറോപ്പി വന്നച്ചാൽ പുറമേയല്ല പൊറോപ്പ് ചക്കുടികളെ കൊണ്ട് മാത്രം അതിന്റെ വർണ്ണപ്പുറത്തിൽ മാത്രം ഒരാൾ അടങ്ങി അവൾ പൊഴിക്കപ്പെട്ടു വീട്ടിലേഞ്ഞ് പോപ്പിന അതിന്റെ വരകളൊക്കെ മെച്ചപ്പെടുത്തുക വക തീഞ്ഞ് അച്ചാടിന അതിന്റെ ചെകുതികൾക്കൊക്കെ നല്ല ിടിപ്പിക്കുക മുതലായ കൊണ്ടാണ് ഈ പൊട്ടി കഴിഞ്ഞാൽ പാത്രവും വിത്തല വളരെ ജവാഹിലോഹവും ഒലുവുകളാകുന്ന മുട്ടുകളെന്നുള്ളത് എനിക്ക് നഷ്ടപ്പെട്ടു സമയം നഷ്ടപ്പെട്ടുകയില്ല ഇന്ന് പുറമെ പുറം പോയിട്ടുണ്ടേരം കൂടിയില്ലേ ശരിക്കു പറഞ്ഞാൽ ഞാനും വിഗ്രഹാരാധനം എന്താണ് ഈ ബുദ്ധിനാരാധിക്കുന്ന ബുദ്ധിമുട്ടാണ് സാധനം തന്നെ വിഗ്രഹം ഈ പുറമേയല്ല സുഹൃത്ത് മായയില്ലാത്ത സുഹൃത്തിനല്ലേ വിഗ്രഹം എന്ന് പറയുന്നത് അപ്പൊ മാലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ കണ്ടതുറും പുറമെയുള്ള പുറമായിരിക്കുന്നത് മാത്രം പ്രാധാന്യം കൊടുത്താൽ എന്താ വിഗ്രഹത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കലേ അപ്പൊ വിഗ്രഹാരാധന എന്ന് പറഞ്ഞു ഇതും തന്നെയെന്ന് നീക്കൂ സാധനം കുറവ് പുറമേ ലക്ഷങ്ങളാണ് ഭാഗികത വ്യക്തി സമയവും ഊർജവും കൈവും ഏ മനുഷ്യന്റെ എന്തെല്ലാം തീർത്തും ഇതെല്ലാം പുറമേക്ക് ഒഴിവാദപ്പിറ്റി എന്താ കഴിയേണ്ടത് തലമുറക്കാർക്ക് ഇടക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള ഇത്രയും ഒന്നു ജോലം നടത്തി ഇത്ര കെട്ടി ഇത്ര പ്രത്യേകവാക്കി ഉം പാട പിടിച്ച് അതാക്കി ഇതാക്കി എല്ലാം കൂടെ ചെലവാക്കി നാളെ കിട്ടിയ കോളന്തണിഞ്ഞു എന്ത് ആക്കെന്ത് പൊടിച്ചു എന്ന് തേടി ആരെല്ലാവരും ഓഫറത്തിൽ വെക്കുന്ന മതി താഴെ വലിയ കഴിച്ച മായകളൊന്നുമില്ല അപ്പൊ മായയില്ലാത്ത പുറംപോളിക്ക് പ്രാധാന്യം കൊടുത്താൽ വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞതിൽ പറ്റി വല്യ വിഗ്രഹത്തിന കൂടുതൽ പ്രാധാന്യം അതിന് ശ്രമിക്കരു അതിൽ മറ്റിലാരനെ അമ്പു അതിനും മൂലമാരി അവള് നഷ്ടപ്പെട്ട പുറം പോലീസ് വന്നു പോകാതെ അയാറില്ല പുറം മാറ്റി ഓരോ നടപ്പുകൾക്കും ആവശ്യങ്ങൾക്കും അങ്ങനെ വലിയ പ്രാമുഖ്യപ്പിക്കുന്നു ഉള്ളിലെ സാധാരണ വശം കാര്യമായി തൊന്നുമില്ല അതൊന്നും മൊത്തം പോലെ ആളാവല്ലോ മൊട്ടത്തിലാളെ ശരിയായ മഴ അതിലേക്ക് വേണ്ടി എന്തുണ്ടാവില്ല ഓശ്വര്യം അവൻ അത്തരം ഓരോ ജപാന് കിട്ടാതെ കണ്ട് ജാത്തുന്നു മുളയ്യക്കൻ ആരെയും അറസാക്കൻ ഒരൂമുകളിൽ അവളിൽ സത്യത്തരം വന്നിട്ടുണ്ടായിരുന്നു ില്ലേ ഇവിടെ നിയമിക്കുന്നു എന്ന സാമ്പത്തിക ദേശിയാണ് നാതിൽ മുറാത് എന്നാലും ബാസിലേതെന്തോ ഉലോമകളാകുന്ന സമ്പത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും അല്ല മുക്കുത്തറന്നലേ നെട്ടാഴ്ച തകമുകളെ കൊണ്ട് കിട്ടുന്ന നേട്ടം അതിൽ അവൻ മുക്കുത്തറാണ് ഇടുക്കത്തരം എന്നാണ് ഇനി ഈ ഫോർമാറ്റില്ലാത്തകളിലെ മതി നമുക്ക് ഉള്ളിലെ കാതല്ലേ കടക്കാം എന്ന് വെച്ചാലോ ദുറവി ഈ അസദാപിന്റെ ഉള്ളിലല്ലോ കങ്ങലുണ്ടല്ലോ മുത്ത് വരമതിക്കാനാവാത്ത ഗൗഹറുകളാണ് അതിനേക്കൊരാൾ ഉള്ളിലെ കടന്നയാൾ അവനാണ് ചമ്പര ജനീനായി മാറിയത് ഹിസാൻ അഹലായ അഹിനേക്കളാണ് അവൻ ിപ്പീതിയിൽ വ്യാഖിക്കാനാവും അന്യരീത ഹോപ്പ് കൊണ്ട് ഉദ്ദേശം മാനാൽ അസലിക്കൂ അതിന്റെ അസതിയായ മാനദണ്ഡം എടുക്കാം ഇത് നമ്മൾ കിതാവ് രേഖപ്പെട്ട വകുപ്പ് ഉണ്ടല്ല കിതാബ് രേഖപ്പെട്ട ഇതെന്നാണ് ധരിക്കുന്ന അവപ്പല്ല ഇത് അതിന് തർക്കമുണ്ടാകും പ്രവോക്കുകളെന്ന് പറഞ്ഞാല് നോക്കിയാൽ കാണുന്നതല്ല നമ്മളെ കാതൃ എത്തിക്കപ്പെടുന്ന ശബ്ദത്തിനുള്ള ഒരു ആ റൂഫിനെ കാണാവുന്ന ഭാഗത്ത് ചെക്കിടികളാക്കി കരുതിയ വക്കമാണേത് ഈ സാധനം ഇതൊക്കെ ഇത് തമ്മിൽ വളരെയധികം പന്തമുണ്ട് അറ്റേക്കത് ഇത് കാണുന്നുണ്ട് അപ്പൊ നമ്മൾ രണ്ട് ആസ്റ്റാള ബന്ധത്തിലും കാഴ്ച ഇതിനോട് ഇത് വായിക്കുമ്പോൾ കേൾവി പണ്ടത് കൊണ്ട് ഇതേപ്പറ്റി ചെറുപ്പം ഉണ്ടാക്കേണ്ട അറസ്തും അതായത് പ്രയോഗിക്കാറുണ്ട് ശരിയായ മഴ നിങ്ങൾ കാത്തി അന്നേരം ഇതിൽ എന്താകും അറിയോ മറ്റേ ഇത് ഇന്താറാക്കുന്ന വിഭാഗത്തിനോടുള്ള റദ്ദാന്നെ കേസ് ഇതെല്ലാവരും സംബന്ധിക്കുന്ന കാര്യം തന്നെയല്ലേ ഈ നോർമുകളൊക്കെ ബോൾഡിംഗിനു മനസ്സിലാക്കിയതല്ല ഈതിനുള്ളിൽ ഓരോ പണ്ണുകളെ സംബന്ധിച്ചുള്ള ഓരോ ഉരുമുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു എല്ലാവിധ ഇതേ മശി ഇതേ കനം ഇതേ കടലാസിന ഇതേ ചെയ്യും ഏറ്റവും വെച്ച് നിർത്തോട്ട് തന്നെ പക്ഷെ ഇവാഹത്തിന്റെ എത്ര ഇഷ്ടനുസരിച്ചുണ്ടാവുന്ന ചില സമയങ്ങളായിട്ടെങ്കിലും അറിയുന്നില്ല അസനിയായ മനറിന്റെ ഒക്കെ അൽപാദു ദൽ മഹാനി വിവിധങ്ങളായ മഹാനന്റെ മേൽ അറിയിക്കുന്ന അൽപാദുകളാണെന്ന് വറപ്പ് വറല്ല അൽപാദം ിൽ മഴക്കോൽ അപ്പൊ അതിൽ നിന്നുള്ള മഴക്കൂലോ പറഞ്ഞതിന്ന് ഞാൻ ഇന്നത് കേട്ടപ്പോൾ എനിക്ക് ഇന്നത് തീരുന്നില്ലെന്ന് തിരിച്ചു അതാ മഴക്കൂരി ആ മഴക്കൂലി എൽമുൽ ബാസിൻ ബാത്തിന് ഞാൻ എഴുതുന്നവുന്നു അപ്പൊ ഈ പറഞ്ഞ ബാത്തിൽ നിന്നും അനുസരിച്ചായി അൽഫാൾ റോസ് തടയിൽ എൽമുൽ ബാസിൻ അടങ്ങിയിട്ടുണ്ട് എന്ന കൂടി എവിടെ വന്നിട്ടുണ്ട് ആയാത്തുകളിലും അറിയേറ്റുകളിലുള്ള അൽഫാദുകളിൽ തന്നെ എഴുതിമൻ പാത്തിനടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് സൂചിപ്പിക്കുന്നു അതല്ല അത് സംഭവിക്കണം മോഹൂർക്കും ആ പക്ഷെ ഖുറാൻ മോജൂർണ്ട് പക്ഷെ അന്നത്തെ നമുക്കൊന്നും കാണാത്ത അത് പിടിച്ചെടുക്കുന്ന ആളുകൾക്ക് ആഴത്തിൽ പിടിച്ചെടുക്കണം മോർക്ക് മേല ആ ലുത്ത് മാന നിർത്തുന്നൊരു മായ ഉണ്ടാകും അതിന്റെ അപ്പുറം ഇസ്റ്റിൻ പാർട്ടി ബോർഡർ ആഴ ഉണ്ടാകും അതിന്റെ കാലത്തിൽ പോലെ ബോർഡർ മായ ഉണ്ടാകും ഇങ്ങനെ പല ഘട്ടങ്ങളുണ്ടല്ലോ മാങ്ങി അടങ്ങി ജോ ഈ കിട്ടാബ് മാത്രം എടുത്താൽ തന്നെ ഇപ്പൊ തോന്നി മാങ്ങനെ കിട്ടാ ഒരാൾ ഇതിൽ നിന്ന് ചിറ്റിന് മാത്രം കിട്ടുമോ എന്ന് പരിശോധിച്ചിട്ട് ഇങ്ങനെ പറയുണ്ടാക്കുന്ന ചില പ്രയോജനം കിട്ടണമെങ്കിൽ ഏറ്റവും നടക്കുകയാണെങ്കിൽ അങ്ങനെ വാദം അറിയാൻ പറ്റുന്ന പോയിന്റ് ഉണ്ടാകും നോക്കി നടക്കുന്ന അവത്യാസം എനിക്ക് അറു നമ്മളീ ബാസിനീയായ ഗൂപ്പിന്റെ ആ അള്ളാഹുനെടുത്ത് ഈ പാചകം ആനു ആ മാനി കുട്ടികളിലേക്ക് ഒടുക്കലിലേക്ക് ചെറുതാറക്കാതെ ഉണ്ടാകും അതെ ചില കൽപ്പ് പോകണം ഒന്നിപ്പോ പറഞ്ഞുകൊണ്ടത് ആത്നീയായ വകൂപ്പിന്റെ ഉള്ളിൽ തന്നെ ഏതെന്തായാലും ബാപ്പൂടെ പോകും അത് ഗുണങ്ങൾ തന്നാം അതിൽ ലാറ്റിന് ബാത്നീയാണ് ഇങ്ങനെ അള്ളാഹിനി മാത്രീ അറപ്പുകളിൽ നിന്ന് സാധാരണ അതാവിൽപ്പെടുന്ന ഒരു ലാഹിൻ ഉണ്ടല്ലോ ആ ലാഹിനെയും പിടിച്ചിട്ട് പാർട്ടിന്റെ അടക്കിൽ നിന്ന് മാത്രം കുറച്ചുകൂടി ഉള്ളിലോട്ട് കടക്കേണ്ടി തന്നെ ഉള്ളൂ ഉറപ്പിൽ തന്നെ ഉണ്ട് അവർ പറഞ്ഞപ്പോ അത് ശരി തന്നെ അപ്പോൾ ധനാധിപ്യത്തിനായി ഒന്ന് ആനങ്ങൾ കൗനാകുന്ന ഈ ഇതിൽ നിന്ന് അത്ര ഉള്ള പിടിച്ചെടുക്കുന്ന ചേരിയുമുണ്ട് ഖുർഹാൻ എന്റെ ഉള്ളിൽ കൂടി പിടിച്ചെടുക്കുന്ന മറ്റേ ചേരിയുമുണ്ട് പറഞ്ഞു കുർഹാനിങ്ങനെ നോക്കുക അന്നാറിനെ ഇങ്ങനെ കണ്ടെത്തുക അതിനൊപ്പിച്ച് ലോകം പ്രസിദ്ധീകരിക്കുക ലോകത്തിലുള്ള കാര്യം ആണി ലോകത്തിനും പ്രസിഡന്റൈതാസിന്റെ മറ്റേ അന്നാന്റെ വീടായി പ്രതി രണ്ട് രണ്ട് ഗതാഗത മുമ്പിൽ വെച്ചുകൊണ്ട് ഈ കുർആാദി ഈ കുഹാദിൽ പറയപ്പെട്ട അതേ കാര്യം പ്രതി ലോകം നോക്കിയതാണ് മഴ വെയില്ല എന്ന് പറഞ്ഞു മഴ വെയിൽ പറഞ്ഞാൽ മഴയിൽ പോലും ഇല്ല അപ്പൊ അതിന്റെ പിന്നിലുള്ള ആൾ രസകൾ കണ്ടെത്താം അലീഗമുള്ള പറയുന്നു ഇന്നലെ ഖുർആാനിൽ ഖുർആാനിൽ ഉണ്ട് ഒരു ബാത്തിന് മുത്തലാൻ ഇങ്ങനെ നാല് മേഖലകളുണ്ട് മുത്തലക്കൻ മുസ്തലായി മറ്റൊരു ബാക്കി അതിന്റെ അപ്പുറം ഹദ് മുത്തലുണ്ട് നാല് മേഖലകളാണ് അച്ഛറ്റ് പോകുന്നത് കാലു അതിന് വ്യാഖ്യാനമായിട്ട് പറഞ്ഞു അതിന് നല്ല ഭവന്റെ വാർത്തകളൊക്കെ തോന്നുന്നു ഇതിന്റെ വ്യാഖ്യാനാക്കൾ പറയുന്നു ഇത് മതി ഇത് സമറാണ് ഈറാം എന്നെരി എഫ് ചെയ്യുന്നു അതുപോലെ ഇങ്ങനെ ഓതരിമാ ചെയ്യേണ്ടത് ഈ മസബ ഇന്നതാണ് ഇന്ന രീതിയിലാണ് ഓടേണ്ടത് ഈ കുറ്രായിക്കെ പറഞ്ഞ പുറമേ ആദ്യമായി പുറത്തു നിൽക്കുന്ന കാര്യം എന്താണ് അതായത് ആഗ്രഹം അതിൽ മുപ്പത് ശരിയെ തസ്സീൻ തകലുകാർക്ക് പറയാനുള്ള മേഖലയായിരിക്കും അതിന്റെ വ്യാഖ്യാനം ആശയം കരുതല്ലോ അതാണ് ഇത് ബാഫിൻ അതുപോലെ മഹാനി പിന്നെ മൂന്നാം പറഞ്ഞ ഹദ്താണ് അൽ പൊക്കഹാ അൽ പൊക്കഹായി വൻ ഉലമാർ പൊക്കഹാറ്റന്മാർക്കും ഉലമാനുള്ള മേഖലയാണ് ഇത് ഹദ് ആദ്യം വന്നതിൽ നിന്ന് ഇന്ന ഇന്ന ഇന്ന മസല കുടിയിട്ടിരിക്കുന്നു എന്ന് പൊക്കാൻ അതീതാക്കന്മാർക്ക് ഇന്നതാണ് വിശ്വസിക്കേണ്ടത് ഇന്നതാണ് തെറ്റി ഇന്നതാണ് ശരി എന്നുള്ളതിന് ഒരു ഗണിത വിദ്യയിൽ എന്താകും സ്വയം ആയി പറയാനുണ്ട് ഇതിന് മത്തല കണ്ടത്തിൽ മുത്തല ഓ അതാണ് നാലാമത്തെ രംഗമാണ് മുത്തലൈ അതി അറബാദിൽ കശീഫ സഹക്കുക്കി കശ സഹക്കുക്കി ലാലുകാർക്ക് നെല്ലം പോയത് അന്നാന കാണലുണ്ട് ഈ മുൻസിനു ആനാവുന്ന കണ്ണമുണ്ടല്ലോ ആരോ സംസാരിക്കുന്നത് മുത്തല്ലീമ നമ്മള് വൈകാസാല കൈബാദി എന്റെ അടിമ തങ്ങളോട് കൊണ്ട് ചോദിച്ചാടി നോക്കതാം ആരാ പറയുന്നു എന്റെ അടിമുണ്ട് അങ്ങനെ ഉച്ചയറിയാ പറഞ്ഞ മുത്തഖല്ലീമിനെ ഒക്കെ ആ പദവി എന്താന്ന് ആരോടെ തങ്ങളോട് അപ്പൊ ഈ കേക്ക് ലക്കാ എന്ന് പറഞ്ഞ തങ്ങളും ആ മുത്തല്ലീമും തമ്മിൽ അടിയന്ത്മായ ബന്ധം കൊണ്ട് എന്താ ബന്ധം അതാണ് ഇസാരത്തിന്റെ ബന്ധം മുഹമ്മദ് റസൂർ പറഞ്ഞു പറയാന് കേൾക്കുന്നുണ്ട് ഉം അത് ആരെ പറ്റിയാണ് ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നു എന്റെ അടിമയുടെ കാര്യത്തിൽ റസൂ വിശാലത്തിന്റെ പകുതി ബുക്കുസ് മാത്രമല്ല വിശാലത്തിന്റെ ഭാഗിയാണ് എന്റെ പുറത്തുള്ളിലേക്ക് വിടുന്ന ബന്ധം വിസാനല്ല റസൂലി അപ്പൊ അടിമകളോട് ഇന്ന ഇന്ന കാര്യത്തിൽ ഇങ്ങോട്ട് വന്ന ഇന്നോ വാരി പറയണമെന്ന് പറയുമ്പോൾ അടിമയുടെ കൊടുക്കുന്നു അപ്പൊ ധോന് ബോസ് അല്ല ആ കേൾക്കുന്ന ആ മുഹാത്ത ഇന്നെല്ലാം വാഴികളൊക്കെ ഇങ്ങനെ വിട്ടുകുട്ടുമ്പോ െങ്കിൽ അന്നെ എന്നെ കൂടി ചോദിച്ചാൽ പലബാന പോബ് കൊണ്ട് ബസ് പുറത്തെടുക്കണം അപ്പൊ അമ്മ അവിന്റെ പോകുന്ന ബസ്ബാണ് അവിടെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ഉത്തമിട്ട് ഒന്നല്ല മേഖല അതല്ലേ അറുപാനികൾക്കുള്ള മേഖലയാണ് നമുക്ക് ചില പിന്നെ അതിന് അണാവസാധ്യങ്ങളുടെ സംഭവങ്ങളിലാക്കി തീർച്ചയായിട്ടും വലൈക്കും മുത്തലയെന്നുള്ളത് ഈ പത്തില്ലാമി ലാമിന്റെ പത്തി കൊണ്ട് വായിക്കണം മുത്തലയൻ എന്നുവച്ചാ ഹു മഹല്ലിത്തിലാണ് ഇത്തല എന്നുള്ള മേലക്കുറിഞ്ഞിരിന്നല്ല അതിനാ പറയുന്നത് അപ്പൊ സാധാരണ മേഖല അല്ല കുറെ ബാധിമില്ല നടക്കുന്നത് എനിക്ക് ബോധ്യണ്ടായിരുന്നു അപ്പോൾ ആ വാക്കിൽ ഒരു ഉദാഹരണം അടങ്ങിയത് അപ്പൊ കന്നൽ ന റന്നുള്ളത് നിഷ്കാത്ത അത് ഒരു വളക്കിൽ വിളക്കിന് വരേണ്ടല്ലോ ഒരു ലാമ്പ് ഞങ്ങള് എമർജൻസി ലാബ് എന്ന് വിചാരിച്ചോ യുദ്ധ ഒ വളക്കിൽ കൂടി എന്താകും പിത്തനാങ്ങയും അത് ആസ്വാദനം കൂടാണ് ഒന്ന് ആഘോഷിക്കാറ്റ് എടുത്ത് നോക്കുന്നതല്ലേ പറയാം ഇത്ര ചെയ്യപ്പെട്ട കാര്യം എന്താണോ നമുക്ക് അറിയേണ്ടത് അതറിയാൻ വഴി തോർച്ചറിച്ച് നോക്കി ഇതേമാര് നമുക്കെന്തോ ഒരു കാര്യം അറിയണം ഒരു റൈബി ആ ഒരു കാര്യം അറിയണമെങ്കിൽ അത് തോർച്ചറിക്കാനുള്ള നിഷന്നെ ആ ഖുർആാനി കൊടുത്തു ആ ഖുറാനി കൂടി നമ്മൾ കണ്ടെത്താറുന്നുണ്ടെന്നൊക്കെ നാല് വേഗം പക്ഷേ യൂറോപ്പിൽ നിന്ന് കിട്ടുമ്പോ കുറെ ആഴത്തിലേക്ക് പോയില്ലോ യൂറോപ്പിൽ തന്നെ വയനടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കണ്ണൂർ ക്ലാസ്സിന്റെ ജർച്ച അല്ല അത് ശരിയാണ് നമ്മൾ സ്വീകരിച്ചത് ഉള്ളറവ മസല ഇനി വേറെ ഉദാഹരണം മുസന്നിഫ് പറയാൻ പോകുന്നു ഇതിന് ഇല്ലുള്ള ഗിരിവൻ ബാസിൻ്റെ ബാസിനായിരുന്നു രണ്ടത്തിന് വേണ്ടിരിക്കൽ പത്താര അതിന്റെ ഉള്ളിലടങ്ങിയ ഇൽമുൻപാപയും തമ്മിലുള്ള ബന്ധം ഇല്ലാ കരിസ്മിൻ ഒരു ശരീരം പോലെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട് ഓണൽ സാധ്യം അതിന്റെ ഉള്ളിൽ അടങ്ങിയതും ചെയ്യുക ഉറങ്ങാനിന്റെ ഉള്ളിലുണ്ട് അപ്പൊ ശരീരം ഇപ്പത്തിന്റെ സ്ഥാനത്തായി ശരയിന്റെ സ്ഥാനത്തും അതിന്റെ ഉള്ളിലുള്ള റോവ് അതിന്റെ ഹട്ടത്തിന്റെ സ്ഥാനത്തും അക്കീന്നിപ്പോ വന്നു പ്രോഹില്ലാതെ ശരീരത്തിന് അവസ്ഥയില്ല അത് മൈസെത്താം ഇതിന് ഹറ്റൈക്കത്ത് കണ്ടെത്താതെ കണ്ട് വെറും വാഹനത്തെ പറഞ്ഞ വന്ന് നിർജീവമായ വഴിയാണ് ഗുറും അതേ അവസരത്തിൽ ശരീരമില്ലാതെ റോഹിന് ഇവിടെല്ലോ إنه وضمعه للسريعة لحكام الفوري على حقيقة الظهور اللغي لأنه الظهور داوية عامل حقيقة قال لنا الرؤى هذا هو سريعة لتجيب ما أرسل لكم هذا الإبارة من الحياة على النعمان صغر القائمة وإنما روحه رجوع الظهور لخلاسة فيها فرميت إن أعمال ورقنا لك ربنا поставى جديدة cual لا Blues إخراس إنّ رحت الصلاة اللاه محيخر إخراج من رؤي أيضا إخراج من رؤي السلِّقه مع الذينوں meروا هذا الفيديو إرامى تعالى أنت، والنطني، الم Larry هو الإلم ، أولئículo السنان قول إلىن، الشديس الناهرش الناهر الشريئ അള്ളാഹുവിന്റെ വാക്കലിന് നോചാരമായിട്ട് കമ്പിലേക്ക് തോന്നുന്നു കൊടുക്കുന്ന വാസന ആ എഴും തന്നെ ആ എഴുതി പറയുന്നത് വാസിനിയായെന്ന് പറയാം അനുപറ്റി പറഞ്ഞിട്ടുണ്ട് ആൽമുഹുൽ ഹിക്കുമ ആരമുൽ ഹിക്കുമത്ത് അല്ലെ ഈ പുറമേയുള്ള ലോകത്തെന്താ പറയാ ആരമുൽ ഹിക്കുമത്ത് അപ്പൊ എൽമുൽ ഹിക്കുമത്ത് പറഞ്ഞ ഹിക്കുമത്തുമായി ബന്ധപ്പെട്ടില്ല و علم الباطن هو علم القدره والذي ظنوا ابو ايه غير دي ممكن تبقى عاوز تقول علم الله انه هو علم البتديه والعلم الباطن علم هواني لبارطه اني الناظر ما تجي يغمرني عاوز تقول علم الله هو علم الغوبيه والعلم الباطن هو علم الغوبيه അകതിലമ്മ അകതിന്റെബോധിയതുമായി ബന്ധപ്പെട്ടത് എന്ത് പറയും ഇരുമുള്ള നോമുവാക്കണം എങ്ങനെയാണ് ആൾക്കാരെങ്ങനെ വാസിലാകും നമ്മെങ്ങനെ വാസിലാകും ഏ ഒങ്ങനെ വാർത്തയിലായി പോകും അങ്ങനെ തുടങ്ങിയിട്ട് റബോധിയതുമായി ബന്ധപ്പെട്ട ഓരോ ഇരുമുണ്ടാവും ഇരുമ്പൾ ബാസിൽ നിന്ന റബ്ബെങ്ങനെയാണ് നമ്മളെ മഴബോധായ റബ്ബുണ്ടോ വിഭാഗത്തല്ല വിഭാഗത്തിൽ നിർത്തപ്പെടുന്ന മഴകോദായ റബ്ബ് പോവാന്റെ അവസ്ഥ എന്താണ് ഓന പി എന്താണ് ഏന്ന ബന്ധം എന്താണ് അതാണ് നിർബോധിയുടെ ഒരു അർത്ഥം വരില്ല അള്ളാഹുവിന്റെ സംബന്ധിച്ചിട്ടുണ്ട് ഞാൻ അവരു ഒന്നാമത് പറഞ്ഞ ഇൽമെന്നാണിത് അത് എൽമൽ നൗറ അത് കടകാസിൽ എഴുതാൻ വെച്ചുടാ കടകസിലെഴുതി പറയുമ്പോ വത്താലിയോ ഇൽമുൽ അത് മറ്റേ ആസ്വദിച്ചു വിട്ടുണ്ട പഞ്ചാഗത്ത് ഒന്ന് തന്നെ മാധുരം ആസ്വദിക്കണമെന്ന് പറഞ്ഞാണല്ലോ പഞ്ചായത്തെ പറ്റിയിട്ട് വലിയ വിസുതികൾ നൽകി ഒരു വലിയ രേഖ നൽകി ഒരു ഗ്രന്ഥം നേടി സംസ്ഥാന ഓരോഘടങ്ങളെ ചെറിയ പ്രധാനം പ്രവർത്തിക്കുന്നു എന്നല്ല മുഴുവനും ഇന്നലെ പല സാധനങ്ങൾ വലിയ ഫാക്ടറികൾ ഉത്പാദിപ്പിച്ച് തുറക്കുമതിലേത് പല നാളുകളിലേക്ക് എത്തിച്ച് പഞ്ചായത്ത് ജനം എഴുതാനോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാലും മധുരമൊന്നും സാധനമായിട്ട് ആസ്വദിച്ചിട്ടില്ല അതിനു കട്ടേർത്തിട്ട് പറഞ്ഞിട്ടാൽ യുക്ക് അല്ലാത്ത വേറെ ഒരു മുറിപ്പോളിവില്ലാദിക്കാരാണ് ഇൽ എന്ന് പറഞ്ഞതാ അനുശേഷത്തിലുള്ള ഫനാന്റെ ഇൽമുൽ ബക്കാർ സാഹിബ്ൽ ജമ്മു വയലാണിക്ക് മുതലായ കാര്യങ്ങളെ പറ്റിയുള്ള ഇൽമുണ്ട് ആ ഇരുമ ഇവാറത്തിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമല്ല ഈ പനാവ് പനാഗ് ആകെ വേണ്ടത് ആയിട്ടുണ്ടല്ലോ അതുപോലെ ഭപ്പാവും ആവേണ്ടതാണ് ചക്ര അനുഭവിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ചക്രാണ് ആകട്ട അവസ്ഥ പിന്നെന്താണ് ഇൽമുൽ പന പനാകും ശക്രറും തമ്മിൽ ബന്ധത്തിന്റെ പിന്നെ തന്നെ ബക്കാളു സാഹും തമ്മിൽ ബന്ധമുണ്ട് എന്നതിനായിട്ട് കഥ നടത്തി ബാക്കി സഹബം ഉണ്ടാകും സക്കുറാനു സാഹി എന്ന് പറഞ്ഞിരുന്നു അപ്പോ മഹാബോബുക്കും സാഹി നിങ്ങളുടെ മഹാബോബ് നിങ്ങളുമായിട്ട് എല്ലാ ബൂതി പിടിച്ചിരിക്കുകയാണ് ചക്രാനുമാണ് തായിയുമാണ് നന്ന ചക്രാനായ ആരംഭിക്കും തള്ളിക്കളിയും നന്ന തായി ആയാലോ പുതുടത്തും തള്ളിക്കളയും അതുകൊണ്ട് രണ്ടും കടയിൽ നിന്നിച്ചു കൂട്ടിയിട്ട് ഞാൻ ചക്രാനമാണ് കായിയുമാണ് ചക്ര കൊണ്ട് കായുണ്ട് രണ്ടും ഉണ്ട് കൊഴിഞ്ഞു കിട്ടുന്ന സമയം തന്നെ ആസംഘട്ടെല്ലാം ആരായിരിക്കും ചക്കുറായിരിക്കും ഓർവേറെ നല്ല ഡ്യൂട്ടിയിലേക്ക് ശരി ഓർക്ക് ആലോ നിന്ന് മണങ്ങി വരേണ്ട ഒരവസ്ഥ വന്നു അന്ന് അതിന്റെ ബന്ധം പൂർത്തിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യും ചേവിലേക്ക് തിരിച്ചു വരും അക്കിപ്പുറത്തോടെ ആല കാര്യമില്ല പച്ചത്തെ സാഹവല്ല പച്ച മഴവുമൊന്നുമില്ല ധൈര്യങ്ങൾ വന്നോ ഓർക്കി പരിപാലിക്കുക സ്ഥലം നടക്കുക ഓർക്കുണ്ടെല്ലാം പോണ നല്ല നിലക്ക് നോക്കണം നല്ല സാഹചര്യം ആയിരിക്കും മൂന്ന് വർഷം കഴിഞ്ഞ് ഒന്നും കഴിഞ്ഞു വെച്ചില്ല നല്ല ഞാൻ പോലെ തന്നെ നടക്കും അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഊപ്പറ വിലയിരുത്താൻ നിൽക്കണം ഒരുപാട് ഒന്നും വിലയിരുത്താൻ പഠിച്ചിട്ടില്ല മുപ്പത് ആട് ആളുകാചെ പറഞ്ഞത് കൊടുത്തൊന്നും കാണില്ല എന്നാണ് അത്രയും ഗൗപികത്തിന്റെ നടത്താൻ മറ്റേ അനുഭവങ്ങളുണ്ട് ചില രംഗങ്ങളിൽ ഗൗപികത്തിന്റെ കാര്യം ഉണ്ടല്ലോ ആ താരീഫ് സാധിച്ച അനുഭവങ്ങളുണ്ട് നമുക്കൊക്കെ പറയാൻ പറ്റില്ല എങ്ങനെന്താ വന്നു അപ്പൊ ഈ അപ്പൊ ഈ ജമ്മു ജമ്മൽ ഉണ്ടാക്കണം വഹാദൽ ഈ പറയപ്പെട്ട ഇനിമൽ അദ്ദേഹം ഭാറത്ത് കൊണ്ട് പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കി തരാൻ കഴിയൂലാണ് എന്നാ പിന്നെ ഇബാറത്ത് കിട്ടാൻ എല്ലാം കാണുന്നുണ്ടല്ലോ അതൊക്കെ റംസുകുടെ മാത്രമേ ഉള്ളൂ അതിന് ശരിയായ ഇബാറത്തായിട്ടില്ല എത്ര ഇമാറത്തിട്ടാലും ആ തിരില്ല ഈ ബക്കാവിനെ കറങ്ങിനൊക്കെ ഒരു ചരഹരി നോക്കി ചരഹരി ആ കറങ്ങിന് വേറെ ചിറങ്ങുന്നുണ്ട് എന്തായാലും പൂർത്തിയാവൽ ആ കറങ്ങി മറ്റൊരു ചിറഹരിയാൽ എന്തായാലും കിട്ടിയിരുന്നില്ലാശന് പറയും അതിനെ കൂടേണ്ടതൊക്കെ കൂടി ആസ്വദിക്കോളാം അല്ലെങ്കിൽ ഈ കരട്ടിനൊന്നും ആവശ്യം വരുന്നില്ല ഇനി എന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അതാ കൊണ്ട് പറഞ്ഞത് ഇങ്ങനെ ഇബാറത്തെട്ടാൽ ഇത് പൂർത്തിയായിട്ട് എവിടെയും പറഞ്ഞ് തീർക്കാനില്ല ആസ്വദിച്ചോ അയിബാറത്തിന്റെ ആവശ്യമില്ല വില്ലണ്ടിലേ ഇത് എന്തായാലും ഗ്രന്ഥം ഉണ്ടാക്കുമ്പോൾ പൊന്നമായി ഉറും ഇരയിൽ ഇഷാറത്തി ഇഷാരത്തോണ്ട് റന്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ മാത്രം അതാണ് ഈ ഭാഗ്യത്തിൽ മറ്റേ കിട്ടാബിലൊക്കെ ഇതിലല്ലേ മേലാദിത്ത കുപ്പ് മേലാദിഷ്ട കിതാബ് ഉണ്ട് നൂറ് ഇസ്രാഹന്നായി രാജ്യ ഗ്രന്ഥങ്ങൾ കിട്ടാമല്ലോ نراد التتوقف لانه ذوقيه يا عالم لا علم الا ذوقيه انا بترى ذوقي الله ولي ادي فوق باذن الله الا الى غذر امامي الا في من باب انه يتراىتتوريم انا عارف المالكه بنبدا الاستاحه توفيذنا وهاي عباره بقولنا ااخذتك الله انا بقول من ديننا ഓർമ്മ പരസ്പരം കൈകാര്യം ചെയ്യാനുള്ള വിശാർത്തല്ലാതെ അതൊന്നും തിരിഞ്ഞിണ്ടാവില്ല ആ ജനസ് ഇതിനുള്ള സസോസിന്റെ ഒരു നല്ല വാതി നടക്കുന്ന ഒരു കിതാബാണ് അത് ഇത്ര അകത്തൊന്നും ഇല്ല ചിക്കമിന്റെ മറ്റൊരു രീതി അതിന്റെ പൊക്കത്തുണ്ടാവും ഇഷ്ടാ തദിബിയ കിതാബല്ലേ അൻവീർ തദ്വീർ എന്നൊരു കിതാബുണ്ട് നല്ല കിതാബിസുണ്ടാവും തന്നെയൊരു തീർത്ഥാട്ടത്തിന്റെ അതിന്റെ ഹാമ സാജ് ഈ മാലിപ്പത്തിനു പൂട്ട് സബ്ജിത്തിനു ഫൂ നല്ല ഇതവും ഫോട്ടോ ചേർക്കുമ്പോ നമ്മക്കത് ഒത്തു വെച്ചറിയാം നല്ല ഇതവ ഒരു ചോദ്യം ഇരുമുത്തരീപ്പത്തി മൊത്താലപ്പം ചെലുപ്പോഴും വലിയ ബാസീയത്തിൽ രീക്കത്തിന്റെ എഴുമെന്നുള്ളത് കൽബുമായി ബന്ധപ്പെട്ടതാണല്ലോ അപ്പൊ അത് ബാസിനിയല്ലേകലായക്കോലമിനൽ ബാസിൻ എന്തുകൊണ്ടതും ബാത്തിരിൽപ്പെടുത്താൻ പറ്റിയില്ല ഇപ്പൊ അക്കൈക്കത്തിനെ മെന്തിൽപ്പെടുത്തിയിട്ടുള്ളൂ ബാത്തിരിൽപ്പെടുത്തിയിട്ടുള്ളൂ ശരീരത്തിനെതായി അത് കൽബുമായി ബന്ധപ്പെട്ടതാണല്ലോ കൽബ് ബാത്തിനല്ലേ കൽബ് ബാത്തിനാകുമ്പോൾ കൽബാസിനായ കൽബുമായി ബന്ധപ്പെട്ട എഴുമ ശരീരത്തിൽ അതും കൂട്ടത്തില്ല എന്തിൽ കൂട്ടണം ബാസിന് അതും കൂട്ടേണ്ടത് അതിന് മറുപടി ലമഖാൻ ഇബാറത്തി ഇൽമ തരീത്തങ്ങയും ഇബാറത്ത് കൊണ്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തെ പോലെയല്ല ഇബാറത്ത് കൊണ്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് കൊണ്ട് വൽ ഇബാറത്ത് മുഖീറു വസോ വിസു ഇബാറത്ത് അതിനെ ഒഴിവാക്കി തെന്ന് മനസ്സിലാക്കി തരുന്ന രീതിയായപ്പോൾ താറം ഈ കബീനെഴുതി ആകിയത് ഇല്ലും സാറിന്റെ കൂട്ടത്തി ഇങ്ങോട്ട് പൊടുത്തിടാം ഇങ്ങനെ പറഞ്ഞ ശരിയല്ലേ കിട്ടിന്റെ ഇളുമ്പുകളെ പോലെ തന്നെ എന്താക്കുക ഇൽമുശരീത്തും വേഖാനിച്ച് കൊടുത്തിട്ട് ശരി മാത്രം കഴിഞ്ഞതുകൊണ്ട് അത് അന്നേരക്ക് നോക്കിയാൽ നാഴാക്കാൻ പറ്റും അവരടുക്കേറ്റ് നിൽക്കുന്നത് മൂടെണ്ണത്തി ഇതെന്താ കൂട്ടുക ഇവർ ഇവർക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൂടെ പക്ഷെ ഇമാരത്ത് കൊണ്ട് വെളിവാക്കാൻ കഴിയുന്നതുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കലേ എന്നാണ് അതിൻ്റെ അത്തമുപ്പ് അനിൽ നായ്മരീക്ഷ ോഫ് ഐക്ക് ചർച്ച നടമല്ലോ അപ്പൊ പറയല ഇത് ഞാൻ ഓരോ മാമലക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് മുക്കാശത്തിണ്ടാക്കിയതല്ല ഇടക്കിടയ്ക്ക് ഒരു മുൻ മുക്കാശമായി പോകുന്ന ഇങ്ങനെ തോന്നു പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ ഞാൻ കിത്താബ് ഉണ്ടാക്കുമാറിപ്പോ ഒന്നില്ലാണ്ട് ഇത് കടന്നു പോയതാണ് ഞാൻ ഇതാ കളഞ്ഞാരിക്കുന്ന വിജയം ചെയ്തു ചേട്ടിലേക്ക് മടങ്ങാന്നും ഹരികാർക്കുള്ള തസമൂപ്പ പലായ ദുരത്തിൽ നിമാറ നീമാറത്തോട് ഇതിരാകൃപ്പെടേണ്ട കാര്യമല്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ കൗൽ നമ്മളെ മുസന്നിപ്പ് ഉറങ്ങിയ കൗല് തന്നെ ഊന്ന് മുമ്പ് മുസന്നിഫ് എന്നെ പറഞ്ഞിട്ടുണ്ട് നീ ഇതിനെഴിഞ്ഞൂട്ടാൻ ദഫ്തറിൽ കൂടിയോ പദ്യത്തിൽ കൂടിയോ അല്ലെങ്കിൽ ഊർജ്ജിതത്തിൽ കൂടിയോ ഇത് നീ ശേഖരിക്കാമെന്ന് നീ വിചാരിക്കണ്ട എന്ന് മുസന്നി പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞത് ഏത് റസോഫാണ് റസോഫ് അഹലുൽബാസിനാണ് എന്നാ കിതാബിൽ കാണുന്നോ അഹലുല്ലാഹിറ അതാ തമ്മിലുള്ള വ്യത്യാസം വഹാസാഹുൽ എന്തെങ്കിലും താച്ചാൽ പേരിൽ അറിയപ്പെടുന്നത് മഹസൈ നടക്കൽ ഇതാകുന്നു ഏത് ിനെ സംബന്ധിച്ചത് അത് വേണ്ടിരിക്കുന്നൊരു സത്യമാണ് ഇരുവുമൊഹിറുണ്ട് ഒരു ബാത്തിനും ഉണ്ട് ബാത്തിനു ബാത്തിനും ഉണ്ട് ലാഹിർ നമുക്കറിയാം അതെല്ലാവർക്കും നിങ്ങൾ പോകാൻ കഴിയുന്ന കാര്യം പിന്നെ ബാത്തിനെ രഹിക്കും അഹിം നാഹിറല്ല റസോക്ക് അഹൽ ബാസുരൽ മനുഷ്യന്മാർക്കുമുണ്ട് മനുഷ്യനിക്കിടൽ ആഹിരുണ്ട് ഏത് മണ്ണൊന്നുണ്ടാക്കപ്പെട്ട ശരീരം ഒരു ബാത്തിനുണ്ട് ഏത് അവന്റെ കൽബ് ബാസുൽ ബാത്തിനേതാ ഓഹമ്മൻ അസനാറുകളുമാണ് ി അപ്പൊ മാക്കി അപ്പൊ അത് നല്ലൊരു പ്രചോദനം കാര്യം മനസ്സിലായിരുന്നു പക്ഷേ ഇല്ലൂറ ഭൂരിപക്ഷം ആളുകളും ഹസറുൽ ഇന്ന് രണ്ടാക്കിട്ടേ ചുരുക്കിട്ടുള്ളൂ ആ ബുൽ ബാധിന്റെ മാത്രമാണ് മൂന്നാക്കിയത് അത് നമ്മക്ക് തിരിയാൻ വേണ്ടി ആക്കി തന്നതാണ് ഭൂരിപക്ഷം ആളുകൾ രണ്ട് കിസ്മിയോ ഒരു നാഹിർ ഒരു ബാസിൻ നാഹിർ രണ്ടെണ്ണോ ഇന്ന് ചെറിയത്വം ഇനിമു ചെറിയും ബാസിന് ലോ ഹിയായ ബാസിനായ ബാസിന് അനുസത്വവും വൻ നമ്മൾക്കറിബും കാര്യം തന്നെ നമുക്കതിനെ തടസ്സം പിടിക്കേണ്ട വിഷയൊന്നും ിലേക്ക് വടങ്ങിയാണ് ബൈറ്റിലെന്താ പറഞ്ഞത് ശരീരം ഊഹം തമ്മിലുള്ള ബന്ധം പോലെയാണെന്നാക്കിയത് അതന്നെ ഓടിയാക്കുന്നു ചേർക്കുമ്പോൾ ഒരു ജിസ്മ പോലെയാണ് അതാണ് കാമിൻ അതിൽ മറഞ്ഞ് കിടക്കുന്ന ഒരു ഊഹടങ്ങിട്ടുണ്ട് ശരീരം ഊഹില്ലാട്ടത് വണ്ടി അറിയാം നിർജിതമായി പോകും മൈസ്യത്തായി പോകും ജസതിൻ ജതവില്ലാതെ കണ്ട് റോഹിന്റെ ദുഹൂമില്ല ബുജൂരില്ല നല്ല ഊഹറുണ്ടാവൂലെ കരണ്ടും വയറും നമുക്ക് അറിയില്ലാലും അറിയാം വയറും കരണ്ടും ണ്ട് അതുപോലെ തന്നെ ശരീരത്വം തെളിയിക്കത്വം പോകുന്നുണ്ട് രണ്ട് വയർ കിട്ടണം പോസിറ്റീവ് നെഗറ്റീവ് കണ്ട് രണ്ട് വാരിങ്ങനെ കൂട്ടിയാൽ എന്താ കറണ്ട് ചെറുക്കിട്ടാവുള്ളൂ അതിൽ കൂടി അറ്റിക്കത്തിങ്ങനെ ഓടുകയുള്ളൂ വാരില്ലാതെ കണ്ട് കണ്ടോണം എന്ന് പറഞ്ഞാൽ കറണ്ടിന് ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല അതിന് പ്രവർത്തനക്ഷമമായി മാറുന്നില്ല ഞാൻ ഇങ്ങനെ കണ്ടുപിട്ടുക ഞാൻ വയർ കിടത്തു വാരി കിടക്കും കരണ്ടില്ലാതെ കൊറും പരണ്ടാലാവ് ഒപ്പും ഉണ്ടാവില്ല കരണ്ടും ഉണ്ടാകാൻ ഏറ്റവും ഉണ്ടാവില്ല അത് ബോറും അയലൈറ്റ് മാറി കരണ്ടില്ലാത്ത ഗോഹി ശരീര ഗോഹിതത്തെ ഭാര്യാക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഈ ലാഹിറ ബാസന്യായ ഉദമയത്ത ഭാരിയാക്കപ്പെട്ടാൽ കാലമൈത്തൻ അതിനകത്തുള്ള മൈത്ത വനായ് വീർത്ത ബിഹി മൈസത്തിൽ കൊണ്ട് വലിയ കഴിയില്ലല്ലോ وَذَلِكَ الَّذِي كَانَ عَلَىٰ تَعَالَىٰ مَن تَصَوَّعَ وَلَمْ يَتَصَمَّ وَفِيهِ فَقَدْ تَفَطَّقَا اورал தத்திருஆக்கி அதாவது உள்ள பாத்திரியாய தத்தம்பு கேயாரன் செய்துட்டെങ്കിൽ அவன் பாதுகாரி என்று அப்படி பிரயோகத்தில் அர்த்தமடா என்னவென்றால் அன்னஅமரகூ அவன் அமாதுகள் முழுவனும் ஆதுப பின் உருமு போறங்கள் மட்டுமே வில اربعين உள்ளுங்கோ இல்லா ആയി ചെയ്യവർ ഉപ്പും ചെയ്യുന്നുണ്ട് സൂര്യം ചെയ്യുന്നുണ്ട് ആമ്പാ പറഞ്ഞു ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാല് ഏ നാഹിനായോമിന്റെ ചെറുപ്പൊപ്പിക്കാർ എപ്പോഴും തുരുവു വന്നു ഒളു പൊക്കിയാണ്ട് ഒപ്പം ചെയ്തത് ചെയ്യാൻ തുരുവത് സൂറത്ത് ഈ പാദത്തിന്റെ സൂറത്ത് പക്ഷെ ഒളുവില്ലാത്ത സൂചിത ആറാമാണ് കവിഞ്ഞ മങ്ങൂറ്റല്ലെങ്കിൽ ഓരോ കുരുവത് കൊണ്ടും മങ്ങൂറ്റം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കാണിക്കാൻ ണ്ടായി കലിയിക്കും അപ്പൊ റോഹിൻ ഇങ്ങോട്ട് പോകുമ്പോൾ ബാസ അത് ബാസിൻലേക്ക് ഇങ്ങോട്ട് പോകും അപ്പൊ തീരെ ഇല്ലാണ്ടായി പോകണ്ട വലം നാളെ നായറാവൂലാണ് വുജു തീര ഉണ്ടാവൂലാണ് അല്ല വുജുവിന് നുഹൂറുണ്ടാവൂല വറിലായി ഇതുകൊണ്ടാണ് കാനമന്ത് ഹലം ജസച്ചറായും ഹസൈക്കത്തിൽ ശരീരത്തിന്റെ നായെങ്കിലോ സത്യസന്ധി മാറുന്നത് ഈ ഹട്ടൈകത്ത് പ്രകടമാക്കേണ്ട ഇതിൽ കൂടിയാണ് ശരീരത്തിന്റെ ഭഗവത്തതിൽ കൂടിയാണ് ഹട്ടൈക്കത്തിൽ നാടാക്കേണ്ടത് ഈ കാനക്കത്തറാവു എന്തിനാകേണ്ടത് കാനക്കത്തറാവ് ഹൈക്കത്താണെങ്കിൽ അന്താകുതന്നാഹ ഔഭൂര്യത്തിൽ കൂടി തന്നെ കാണിക്കേണ്ടത് വിവാഹത്തിന്റെ ഈ കന്നക്കത്തറാവും ഈ സാനപ്പറ്റാകുന്നതിന് നീ കാനക്കത്തറാവു ആഴ്ച ഇരുന്നല്ലോ പറഞ്ഞ അന്താകുതന്നാഹ കാനക്ക കാലിലക്ക തറാവ് ആകുന്ന രീതിയിൽ അവർ കാണുന്ന രീതിയിൽ വിഭാഗത്തിനെ കൊണ്ടുവരിക വിഭാഗത്ത് എന്ന് പറയുന്ന ശരീരത്തിന്റെ ഓരോരുതിയായ നിൽക്കാലം നോവ് ലത്താറ്റ് അഞ്ച് തലക്ക പിരാഞ്ഞ് അടുക്കാറ് വീർ എഴുത്താഴ്ച ഇങ്ങനെ പോകുന്നു അതിൽ കൂടി എല്ലാം കാലിലക്ക തറാക പ്രവർത്തിച്ചു കൊണ്ടുപോകാം അരി തന്നെയുള്ളത് ോ അത് തതന്ത്രത്താലം കാരണം എന്താ ചിന്തിക്കുന്നത് അവന്റെ ഹക്കൈക്കത്ത് ഒഴിയാനത്തൻ അല്ല വസ്ത്രമില്ലാത്ത താവിനായി പോയി വിരാസ്മസിന് അടുക്കില്ല അപ്പൊ ഒക്കെ തനു അനീഹ അതിന്റെ അതിന്റെ പേരുമുണ്ട് അവളെ കൊല്ലപ്പെടേണ്ടി വരുന്ന അപ്പൊ കൊല്ലപ്പെട്ടാല് ഒരു പക്ഷേ ആള് നല്ല അച്ഛൻറെ ആള് തന്നെയാണെങ്കിലോ എന്താണെടുക്കിന് ആയിക്കോട്ടെ സൈനയിക്കോട്ടെ ൻ അയാളെത്തിന്റെ ആള് തന്നെ പോയിട്ടാണ് അന്ന കാനീദൻ ആയിട്ട് വെച്ചോട്ടെട്ടിട്ട് വൈകാനു ഇനി വെറും ദേവ ചെയ്തിട്ട് വാദിച്ചയാളാണോ ഞാൻ വലിയ അട്ടീകത്തിന്റെ ആളോന്ന് എനിക്കൊന്നും കൊണ്ടാകുന്നു ഇന്നിട്ട് കൊല്ലപ്പെട്ടെ അള്ളാഹുന്റെ ഹനറത്തിനൊക്കെ ദൂരത്ത് ആട്ടപ്പെട്ടവനായി അവൻ വഴി ഇതായിക്കൊണ്ട് വെച്ചു രണ്ടായാലും കൊല കൂട്ടുന്നല്ല പറഞ്ഞു അവരെ വില കൂട്ടാൻ വിലായത്തിന്റെ പറയാ കറാമത്ത് ഈ പറഞ്ഞത് വിലായത്തെന്ന് പറഞ്ഞ വിലയായത്തിന്റെ പറഞ്ഞു കറാമത്തെന്നാണ് അതൊരു സാധനത്തെ പറ്റി കറാമത്തൊരു തീരുമാനിക്കണമെങ്കിൽ അത് വിലയത് ഇവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ തീരുമാനിക്കുന്നു ഒന്നേ വിശ്ചയത്തിലല്ലേ പിന്നെ കുച്ചിട്ട് തലം വരുന്നൂന്ന് പറഞ്ഞേ എന്താക്കണ്ടുള്ളു പിന്നെ അയാടെ കൊച്ചിട്ട് നിൽക്കുന്നുണ്ടു പറഞ്ഞു അവര് അവര് അൻപത് സിദ്ധിയില് കറാമത്താണോ എന്തും പറയാ അയാൾ വലിയ ആണോ കറാമത്ത് വലിയ ആണെങ്കിൽ വിരാട്ടിന്റെ അതിന്റെ ശബ്ദം കൊക്കണമെങ്കിൽ ആ ഒരു ശരീരത്തിന് മേലെ ഏതോടൊപ്പം ബാത്തിന്റെ ഹലികാർക്ക് താഴീഫ് താൽ ജാമ്യമല്ല മാനിയല്ല അൽജില്ലാത്ത മുത്തജല്ലിബോ അൽ ഹിമാഹബാസിൽ എന്താ എന്താ പറയുക ആ താരിഫ് മാഹിന്റെ ഹലികാർക്ക് നല്ല താരിഫേറ്റ് എല്ലാവരും ഭരിക്കും ബാത്തിന്റെ ഹലികാർക്കുള്ള ചോദിച്ചാൽ അതിന് ഓരോ ചോദിച്ചും മുരാഗം ചെയ്യാം ജാമ്യമായിട്ടില്ല മാനിയായിട്ടില്ല അവരുടെ ജാമൂച്ചേരാം ഒന്ന് വലിയ വലിയതായി യോഗ്യതയല്ലേ പറയുന്നു അല്ല ആരിഫ് അന്നാഹിനെ കൊണ്ട് അയാൾ അറിഞ്ഞാളാണ് ഹസ്തമായ ചിരും ഇൻഖാനന്റെ കഥർ അല്ലെ ഇൻഖാന്റെ കഥർ മാറോഫിന്റെ ജാനകളിലുള്ള ഇൻഖാനാണോ ആരിഫിന്റെ ജാനെങ്കിലുള്ള ഇൻഖാനാണോ ഉദ്ദേശിക്കുന്നു ആരിഫിന്റെ എന്നാൽ എല്ലാം വലിയ നമ്മളെല്ലാം വേവിന്റെ പരമാവധി ആരി അവർ താരേപ്പ് ജാമ്യമായി മാനിയായിട്ടില്ല വലിയവള വലിയായി മാറോ പിന്നെയാണ് അച്ഛനല്ല എൽക്കാലം കാര്യമുണ്ട് അത്ര പൊളിച്ചാലും പിന്നീട് ബാക്കി ഉണ്ടാവില്ല അത് അച്ഛൻ ഉണ്ടാവില്ലല്ല അപ്പൊ എപ്പോഴവര് വലിയ വലിയ ആരും പ്രതി അവരേപ്പ് ജാമ്യമാവുന്നില്ല ആയിട്ടില്ല ആയിട്ടില്ല പറയാനായിട്ടില്ല പറയാനായിട്ടില്ല എന്ന് പറയുന്നില്ല നമ്മളെ മുമ്പിൽ എന്താക്കി നിഷാക്കിനെ മറച്ചു വെച്ചുകൊണ്ടിട്ട് നല്ല ഏഹ് വാടിതായി കൊണ്ട് കോലം കെട്ടിയാൽ മുനാഫിഖിനെ കുറിച്ച് ജന്മം വലിയാക്കേണ്ടി വരും നമ്മളെ മുമ്പിൽ നമുക്കത്രല്ലേ കൊണ്ടുപോകും ബാക്കി നോക്കാൻ നമുക്ക് ീഫും മറ്റു വലിയ കണ്ടെത്താൻ കഴിഞ്ഞാലാവൂല അവർ വിഴു മുല സംബന്ധിച്ച് അവരുടെ മാനസികമായ അഹ്വാളി അവര് പ്രകടമാകുന്നത് മുതലായ കാര്യങ്ങൾക്ക് കൊറേ കാലം വരെ എന്നിട്ട് അതിൽ നിന്ന് ദീനന്റെ മേലുള്ള ഇച്ചുക്കാവത്തും വറും തക്കവയും എത്രത്തോളം പ്രകടമാകുന്നു അതനുസരിച്ച് മുമ്പറത്ത് വിരാച്ചു നോക്കുമ്പോ കണ്ടപാട് അത് ശരിയല്ല കൊറേ കൂടെ പണ്ട് സൂപ്പി അയക്ക പറഞ്ഞു പണ്ട് തലപ്പം റൂമുണ്ടോ ഓനക്ക് പൈസ ഉണ്ട് ഇടപാട് അടച്ചു നോക്കണോ ഓനൊക്കെ സഫർ പോയി നോക്കണോ നിങ്ങൾ പണ്ട് അമാരൊന്നാ ഫാർമസിന്നിട്ട് തലപ്പറമ്പ് അല്ലെങ്കിൽ തുടങ്ങിയ റൂമുണ്ടപ്പാ ഒരു പത്തിരുപത്തി അഞ്ച് കൊല്ലത്തിന് മുമ്പ് അന്നെ നിങ്ങൾ വന്നില്ലേ ഓനൊക്കെ സഫർ ചെയ്ത് നോക്കണം എന്തിട്ടോ സൂപ്പിന്നെ തീരുമാനിക്കാൻ എല്ലാം വന്നിട്ട് സഫർ ചെയ്തു നോക്കുക ഏസ്റ്റാലിന് തുടർന്ന് നോക്കുക സമ്പത്തും ഇടപാട് അങ്ങനെ ഉണ്ട് എല്ലാം കുറെ കാലം ഇടപാടാക്കിയിട്ട് അതിന് നമുക്ക് ഒരു തിരിച്ചലുണ്ട് ഡോഹില് മാത്രം നോക്കിയാലും മറ്റായന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം വിസ്ക് വരൂല ഡോയിൽ എല്ലാം കിളിയത് തന്നെ പഞ്ചായത്ത് വിസ്ക് ആയാലോ കോലീന്റെ വെക്കൊന്ന് അതെടുത്തു വരൂ വഴി ബിസ്തു പറഞ്ഞാ പറ്റോ വരാ പക്ഷെ ഉടനടി ആയി തോവ ചെയ്യൂ ബിസ്വാറുണ്ടാവൂല്ല എന്നുള്ള മസൂമെല്ലാന്നു അത് കൊച്ചേരിയിലുണ്ട് മുമ്പ് വന്നില്ല ഇപ്പൊ അയസിന് ആരിപ്പു ആരിപ്പ് ഇതിനാ ചെയ്യോ നയിച്ചപ്പോ നോക്കാൻ നമ്മളൊന്നായ കഥം നമുക്ക് തോറന്നല്ലോ ജാണല്ലോ അബുലബ്ബാസിൻ മുറിശിയാ അല്ല സിക്കൻ തീ മഹ് വഴിന് കല്പന്നായ്മുട്ട് പറയാമായിരുന്നു ഇനി കൽപള്ളയിൽ തന്നെ ബോണ്ടു മുടിച്ചിട്ടുണ്ടാക്കി പലപത്തിൽ നാല് വന്നപ്പോൾ സൂറത്തിലുണ്ടാകും മാച്ചിത്തിന് സൂറത്ത് വരാമല്ലോ നക്കുമില്ലെങ്കിലും അപ്പൊ നമ്മൾ മാച്ചിട്ടുണ്ട് വിരിക്കുകയും ചെയ്യും അതല്ലേ കുഴപ്പം പനായിലായിരിക്കും പനായ അവസരത്തിൽ ചിലപ്പോഴത്തെ തുണി ഉണ്ടാവില്ല തുണിയും കഴിച്ചിട്ട് കഴിയാൻ ആയി നടക്കലെന്താണ് മാറ്റിയെത്തൽ സൂറത്തിൽ മാച്ചി എത്താം ഒരു الله يعسمنا من الزلل ويوفقنا لصالح القول والعمل. آمين بجاه الحبيب مولانا محمد صلى الله عليه وسلم وعلم وضجل ثم ذكر إن مسلح رضي الله أن برينه حصل النزاع الذي بين آهد الله والباطن باطن لا لأهد لغاركم باطن لأهد لغاركم ضمن أفور طرفة الأورل ഓർ ഇപ്പറ കുറ്റപ്പെടുന്നു ഓറിപ്പുറം അങ്ങോട്ടിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം പറയുന്നു നായാലും പോരാക്കന്മാർക്ക് സൂപ്പിയാക്കണിയും പറ്റുന്നില്ല സൂപ്പിയാക്കോട്ടും പറ്റുന്നില്ല ഒരു പണിയായപ്പോഴും തർക്കം ഈ തർക്കം എന്ത് വകുന്നു അത് ഇൻസ്ട്രാഫോട് കൂടി ഒരു കാര്യത്തിലേക്ക് എത്തി കൂടിയാൽ പ്രശ്നങ്ങളൊക്കെ ഇന്നത്തെ എല്ലാ തർക്ക വിഷയങ്ങളും ഇന്നത്തെ കുത്തം പാറികളുടെ തർക്ക വിഷയങ്ങളും ഒരു വട്ടമാശ കെട്ടിയിട്ട് ഇൻസാഫോട് നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്ന് രണ്ട് ലക്ഷ്യം വിചാരിച്ചാൽ ഒരു ഒന്നൂറ് വർഷത്തെ തർക്കം പറഞ്ഞു ശ്രമിക്കും പക്ഷെ ഈ സബ് അല്ലേ അതിനോകത്തില്ലല്ലോ ഞാൻ പറഞ്ഞത് എങ്ങനെ അത് ഹസ്താണോ അതെന്നെ ഉള്ളു മറ്റവരെങ്ങനെ മതിലാക്കിയേ പറ്റൂന്നാണ് അവരെന്ത് നേടി പറഞ്ഞ് എന്ത് രീതിയിൽ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു അതൊന്നും ശരിയില്ലാന്നും അറ്റവും പറയൂ ഇവരെ കുറ്റപ്പെടുത്തിയേ പറ്റൂന്നും അറ്റോക്കുന്നേ ഈ ഭാഷ വിളിച്ചു നിന്ന് വിളിച്ചിട്ടില്ലല്ലോ പറയുന്നു لم ترى بين الناس من قذاف جلن الله ولم ترى بين الناس من قذاف إنساف إنما لا يكتب عمل شيئاً إنما ترى ما نكياناً لم ترى بين الناس جلن الله إن كان صارك لا من صلاف إنما لا يترى يتعصر تركو <تصفيق> الله فالإنساف الذي قد تأتي عندها إنساف أن نرى أرجوع لقول الغير بعد وضوح دليلهم വേറൊരാള് പറഞ്ഞു അയാളെ പോലെ ദലിയിലോടുകൂടി കുബൂത്താക്കി അത് ഞമ്മക്ക് തിരിഞ്ഞു തിരിഞ്ഞാറുണ്ടാക്കി എന്റെ വാദം കെയ്വടിഞ്ഞിട്ട് അതിൽ അംഗീകരിക്കുന്ന ചുറ്റുവാളിനെ കിട്ടാം ഒരു മസാല ഇയാൾ ഇന്നത് പറഞ്ഞു മറ്റയാൾ ഇന്നത് പറഞ്ഞു മറ്റയാൾ ധരിയിലടക്കം മസാല ഉണ്ടാക്കി പുതുവായിട്ട് പറഞ്ഞു തെളി ഉദ്ധരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ തെളിങ്ങോട് അംഗീകരിക്കുമെന്ന് ഞാൻ എന്റെ വാദനെ പിന്നോട് ഇസാക്കില്ലല്ലോ അതായത് മുഖാബറ എന്ന വേദി കിബറുകാട്ടൻ നിന്ന് വില എഴുപത്തിൽ വേദി അല്ലെങ്കിലോ ഹക്ക് കൊണ്ട് വാഴാക്കി സമ്മതിച്ചു ഇങ്ങോട്ട് പറയുന്ന വില മുഖാബറത്തിൻ കിബറി കാട്ടാത്ത രീതിയിൽ ഹക്ക് ഇങ്ങോട്ട് സമ്മതിച്ച് പറയലാണെങ്കിൽ ഇൻസാഫ് എന്ന് പറയുന്നത് അതില്ലായ്മയാണ് ഇന്ന് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പോയപ്പോ അപ്പൊ പലവിത്തക്ക തന്നാസ് ഇൻസാഫ് എല്ലാവരും ഇൻസാഫോട് കൂടി ജീവിക്കാം ഹക്കെന്താണോ അതൊക്കെ എല്ലാവർക്കും സമ്മതിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിവിടെ ദിവസങ്ങളൊന്നും ഇല്ല ബാത്തി വാത്രയായിട്ട് തന്നിക്കളി ഹക്കെല്ലാവരും സമ്മതിക്കാൻ കളിക്കാൻ ഒരു പ്രശ്നമില്ല വാത്തർബിൻ ഹക്ക് അയിനമാ എവിടെ വെച്ചാണോ ഹക്ക് വെളിപ്പെടുന്നത് അതുകൊണ്ട് ഇക്കറാക്കാമെന്നും തായാൽ മിന്ദ്രൻ ഇറാഹിൽ അത് തർക്കം പിടിക്കലുമില്ല പരാജിതാനും തമ്മിൽ തന്നലും ഇല്ലാത്ത രീതിയിൽ ഹക്ക് ആരവസ്ഥ വെളിപ്പെട്ടോ ഞാൻ പറഞ്ഞ ഹക്കോണോ ഏറ്റവും നിർബന്ധം നിങ്ങൾ എന്തിനാ സമ്മതിക്കില്ല അങ്ങനെ എല്ലാം ജപത്തെ ശിലാപും ജനങ്ങളുടെ ഇടയിൽ ഇവിടെ ഒരു തരത്തിലുള്ള ശിലാപും ബാക്കി ഉണ്ടാവില്ലാന്ന് അറിയിച്ചു ഇരു തരീപ്പ് ബാധിയവൻ തരീപ്പ് വളരെ വ്യക്തമാണ് ഇവിടെ നിന്ന് നിഗൂഢമായിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഏത് വസ്തുക്കൾക്ക് എന്ത് തരത്തിലുള്ള ദലീതികളാ വേണ്ടത് ശരീരത്തിന് വേണമോ തരക്കത്തിന് വേണമോ ആതികത്തിന് വേണമോ എല്ലാം വൺ ഹഖു ദായിവുന്ന എല്ലാത്തിൽ നിന്നും ഹാക്കിനെ കട്ടിചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വദാഇ ഈ ഹക്കരെ പ്രചരിപ്പിക്ക ദായി ഉണ്ടല്ലോ പ്രചാരകനായ ആളാ ഖാദു അസ്മഹ എല്ലാവർക്കും കേൾපිചുണ്ട് നവത്തിദീല്ലല്ല നവ കേട്ടാനയതില്ല എന്ന് പറയാ മാതോന്നില്ല പക്ഷെ ബിന്ദാ മാത ഹയ്യു ബഅദ ഹാദാ ഇല്ലാ മിനൽ അമാ അത കണ്ടൊരുതായി പോയതുകൊണ്ടാണ് ഒരു തരത തഹയറല്ലാത്ത ബോറനൂടെ കാണാനില്ല ரமலான் சொல்லेंगे இதா இதா கொண்டன்னு சொன்னேங்க அங்கெல்லாம் கொண்டும் பண்டே அங்க ஏங்க வந்து கைக்கட்டு அபியன் சாப்பிடுங்க அமான்காரல் பருசேவ ஹம யல்லாஹு நவரதலா லக்கின் திபாஅன் நுஃூஸ் மன்ச்சண்ட பிரவதி லா தர்தா பிஹத்ர ரஊத் النப திபாஅன் நுஃூசி லா தர்தா பிஹத்ர ரஊத் பாரானွန်பின் தல குனிக்கா എന്ന് പറഞ്ഞത് മനുഷ്യന്റെ തെവായി രക്തസമ്മതിക്കൂലാണ് നിങ്ങൾ വന്ന നേടേ അതാണ് യാഥാർത്ഥ്യം കണ്ടപ്പോ നിങ്ങളുടെ മുമ്പ് തലവണിക്കുക എന്നെ രപ്തമ്മതിക്കേ നിങ്ങളുടെ മുമ്പ് ഞാൻ തലവണിക്കുന്നത് ഞാനാരാണ് ഞാനാര് എന്ന ചോദ്യത്തിപ്പൊ മറുപടി പറയുന്നത് ഞാൻ ആര് ഞങ്ങൾക്കത അങ്ങനത്താണെങ്ങനെയാണ് നിങ്ങളുടെ മുമ്പ് ഞാൻ തലവരിക്കുക انا اولي نارالوپن ونارالوپن ആയി കഴിഞ്ഞോ പിന്നെ അയാളെ બહાર അളക്കി ليه പിന്നെങ്ങനെ ജീവിക്കോപ്പാ കാലൊക്കെ ആയി പോയ പിന്നെങ്ങനെ মুখിക്കാനට കൊടുക്കുക അങ്ങനെ ചേരണ്ടിക്ക് നടപ്പ് നടക്കുന്നെ അതกระทั่ง നമ്മല്ല എന്നെയിരിക്കും പക്ഷെ കാരണം ബോയിക്കുന്നില്ലാണ് وهذا سبب الخلاف والاختلاف بين الامم യല്ല പാതിൻടടിയിൽ നടക്കുന്ന الاختلافين ഖിലാഫින් ദിക്ക സബബീദു ദുന്നിയവ സോ ബി അല്ലാഹു മാതി മാത്രം അല്ല ലോകത്ത് നടക്കുന്ന എന്തുവർക്ക വിഷയങ്ങളുണ്ടോ ഇതിനിടയി നടക്കുന്ന എല്ലാതാ ഫരീഖും ജന്നതി ഉഫരീഖും ബി സായിദാഇച് ভোগിയടങ്ങി ഒരു പാതി ജന്നതി ഒരു പാതി സായിദ വത്തിപ്പാക്കുന്ന അന്ന പിന്നെ ജനങ്ങളന്ന് എത്തിഫാക്കുന്ന മാർഗം എന്തെങ്കിലും സ്വീകരിച്ചു കൊണ്ട് കൊറേ തന്നെ പറഞ്ഞു തീർക്കാലോ അത് ഹക്കിന്റെ മേൽ എല്ലാവരും എത്തിഫാക്കൽ എന്താ ശിരാക്കൽ ഹിക്കുമതി ഹിക്കിമത്തിന്റെ എല്ലാന്ന് ഈ ലോകം നടക്കുന്ന കാര്യമില്ല അള്ളാഹത്താലെ ഹിക്കിമത്തിന്റെ അതിന്റെ പൊളിക്കാൻ നമുക്ക് തടിക്കില്ലാത്ത ഉമ്മത്തം വായിലാന്നല്ലേ റബ്ബ് നേരത്തെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചെങ്കിൽ ഉമ്മത്തം വായിലാകെ അള്ളഹന കടങ്ങുകയ്യൂലേ വനായതാലോനെ المختلفين আবু الاختلاف ഡയവായി തങ്ങടുരമെപ്പോഴും ഇല്ലാമ റഹിമ റബ്ബുക റബ്ബ് സുബ്ഹാനഹു വത റഹ്മതക ആക്കിയലയി കേ റഹ്മത ആക്കിയ ഇൻസഫരെക്ക് മടങ്ങി വന്ന് അവരെല്ലാവരും തികഗലത്തു കൊടുക്കും ദ ഇതാണ് സവാബ് അനങ്ങ തിരിഞ്ഞ അല്ലാഹ് റഹ്മതുലിൻ യെ മോണ്ടോത്വാസ് ഈ الاختരവനെ കൊണ്ട് തന്നെയാണ് ഓര ഇങ്ങനെ पडത്തുന്നല്ല അല്ലാഹു الاختلاف നടക്കട്ടെ ഐനെങ്ങ ഓര पडത്തതും ദഖീല ബലിതാളിക്കാനുള്ളോ അതിന്റെയും ഏതിന്റെയും കീരലാഫിന്റെ ഒടിയിൽ നിന്നും ഇഫ്തലാഫായിട്ട് ബോമിക്കുന്ന അള്ളാഹ് എന്നെ പറഞ്ഞിരുന്നു വക്കീല എല്ലാ ഒരു കീരണ്ട് ഇല്ല മറൈമറ ബുക്കാനോ എന്ന് ആ മറീമുണ്ടല്ലോ നേരത്തെ പറഞ്ഞു അപ്പൊ എന്താക്കും ഇഫ്തലാഫ് വരുന്നു അപ്പൊ ആക്ടിന്റെ ഒരു ഡടാടത്തും ഒരു എന്താ മുന്നോഹം അവതരിപ്പിക്കുന്നു അപ്പൊ അത് വന്നു അപ്പോൾ ഇസ്തീഫാക്ക് ഇൻസാഫിലേക്ക് എത്തി അള്ളാഹു റഹ്മെത്തി അങ്ങനെ ആകാൻ വേണ്ടിയാണ് ലിർറഹൻ അങ്ങനെ ഒന്നിക്ക് ഇഫ്താഫിൽ തന്നെ വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുൻ റഹ്മത്ത് വന്ന് അല്ലെങ്കിൽ മറിഞ്ഞിട്ടെന്താക്കണം ഇസ്തീഫാഖിലേക്ക് വരാൻ വേണ്ടി എന്നും താലീഫിൽ തബീ തീരുണ്ട് അള്ളാ നമ്മളെന്തിനാക്കണം വള്ളാമുന അള്ളാഹു ലിറാഹ്മീന്ന് പറഞ്ഞ വാസീലാക്കട്ടെ ആമി ീബാണ് ഒരു വിദേശിയാണ് ആരിക്കും വേണ്ട ഓറെ നോക്കാനോ ചിന്തിക്കാനോ അത് വീണ്ടെടുക്കാനോ ആരും ആളില്ല അത് ഹക്കുമായിട്ട് ആളെ മുറുകെ പിടിച്ചോ അതിന്റെ അരി കാറ് എല്ലാ സമാന ഉറബായുങ്ങളായിരിക്കും ഓറെ വരവെക്കാനാളുണ്ടാവില്ല നോണേന്ന് പറഞ്ഞ കേട്ട് എത്ര ആളുണ്ടാവും അറിയണം قال عليه السلام و السلام رتوباء للغرباء ها غرباء إنعن نعم مغلام عشامسيك النظام حقم هرغا پوليكا غرباء إنعن نعم مغلام عشامسيك النور وإلا هذا أشار بقوله على المصنف رضي الله عنه خذك الروالم قادر يحيا وعلم معاك الله من صديقه ان الوراهدو عن التكيبين يجادلونه فصادقوا قولوا وطارموا مالم يكن وطنوا واستادوه بي عالم النضاني فنكنوا لاي من هم ودان ജൈരോ മാ വാലം നീ അറിഞ്ഞോക്കന്നാൾ വന്നാൽ താരം നിന്നെ സംരക്ഷിക്കട്ടെ മീൻസ് അതീക്കൻ എന്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ നിന്ന് നിന്നെല്ലാവരും സംരക്ഷിക്കട്ടെ എന്നിട്ട് നീ എന്നറിഞ്ഞോ സുഹൃത്തുക്കൾ അന്നൽ പടപ്പുകൾ മുഴുവനും അവർ വഴിതെറ്റിപ്പോയി അനി തരക്കേക്കിടത്തോട്ട് കണ്ടെത്തൽ എന്ന ആ തരക്കിലേക്കിടത്തോട്ടിട്ട് അവർ വഴിതെറ്റിപ്പോയില്ല പുറമോളിച്ചോണ്ട് അതീ അതെന്തുകൊണ്ടാണ് അങ്ങനെ വഴിതെറ്റിയത് ഇത് ജഹിസ വൽ കൊലോബ നർസുകൾ എന്നാൽ എന്ത് കമ്പുകൾ എന്നാൽ എന്ത് റൂ എന്നാൽ എന്ത് സിറന്താ നെഫ്സിനെ പറ്റിയും അതിന്റെ ഓരോ അഥവാറുകളെ സംബന്ധിച്ചുമുള്ള ജഹാറ താൽ നിന്ന് വന്നു അതറിഞ്ഞുകൊണ്ട് അതിന്റെ മൂല്യം കൽപ്പിക്കാൻ അതിന്റെ തടസ്സങ്ങൾ തീർക്കാൻ വ തലവു അവർ തേടിപ്പോകുന്നത് മാലറിഞ്ഞപ്പൻ മസുലൂബ മസുലൂമല്ലാത്ത കാര്യങ്ങൾ എന്തോ അവരോട് തേടാൻ പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ അനാവശ്യങ്ങൾ മസുലൂമല്ലാത്ത കാര്യത്തിന്റെ പിന്നാലെയാണ് ഓടിച്ചാടി നടക്കുന്നത് വേണ്ടാത്ത കാര്യങ്ങൾ വഷ്ടോ വ്യാഴമൊല്ല അവതാനുകൊണ്ടവൾ നല്ലപോലെ സുഖതായി എത്തരത്തിൽ പൽക്കൊല്ലോ എല്ലാം എല്ലാവരും ഇൻ എന്ന് പറഞ്ഞ ദൂരപ്പെട്ട അവസ്ഥയിലാണ് മിൻഹുമോ വദാനി എന്ന് വെച്ചാൽ ഈ ഹക്കൈകത്താണെങ്കിൽ ഇവരെ കൊണ്ട് അടുത്തിട്ടുമുണ്ട് ഹക്കൈക്കത്താകുന്ന വെള്ളം കൈകൾ പിടിച്ചിട്ടാണ് നെയ്ക്കുവാണെങ്കിൽ കരുതുന്നു മുമ്പോ അല്ല നിന്റെ ശരീരത്തിനുള്ളിൽ തന്നെ അടക്കം ചെയ്തിട്ടുണ്ട് എന്തെച്ചോ പുറമെയാണ് നടന്നത് ഒരു മുകളിൽ എവിടെയാണ് വെച്ചിട്ടുണ്ടാവുന്നു ആകാശത്തിന്റെ മുകളിലെല്ലാം എഴുതി വെച്ച് കയറി പരതാൻ ഭൂമിയുടെ ഉള്ളിലെല്ലാം പടന്റെ ഉള്ളിലെല്ലാം നൃതി മുങ്ങിച്ച് പരതാൻ ഒരു ഉള്ളിൽ തന്നെ ഉണ്ടോ അതിന്റെ അടസ്സം വെച്ചിട്ട് കുഴിച്ചു പോയി അപ്പോൾ കാര്യങ്ങളൊക്കെ ദാനിയായിട്ട് അടുത്ത് തന്നെ ഇവിടെ വെച്ചു എല്ലാവരും അതേ തൊട്ടെന്ന് നടക്കും വാങ്ക്സോ അവർക്ക് ജാഹിരായ കാരണം ഇതാക്കി జనలు కమ్మది కదల్ల ఇంద్రరాత్ర వజను అవర్ద వాదం అలైస బాదల్ జిస్మి షయిన్ యఫహము ఈ జిస్మింద ఫర మఫహము హవార సాదన ఉల్ల తిదక తన్నే ఉల్లు ఎరమావ వైల ముందేని ఒరిసిసికినిలా ఒంటో దతల్ల రహిమహুল্লাহ అన్నల్ ఖల్క్ హాదు హాదు అననల్ అహరబ ఉన్ తలీక్ తహకీక్ తహకీక్ ఇన్ తలీక్ దేయ్ ని బుట్ అవర్ మలిమార్ సందేసి చితికునో അല്ല ഈ അന്മുൽ ഹാട്ടേക്കി അനിശ്ചരിയ ശരീരത്തിന്റെ അയലായിക്കൊണ്ട് ഹാറ്റുണ്ടാവണം അപ്പൊ ആലമുൽക്കുമ്പത്താണ് അനിശ്ചരിയ ആലമുലിക്കുമതി തന്നെ അടങ്ങിയത് ഈ ഇനുണ്ടാക്കണം അറ്റി കണ്ടെത്തണം അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടാവുമല്ലോ അതെ ശരിയാവില്ല വെറും ആലമുലിക്കുമ്പോഴേ തന്നെ അട്ടേക്കിണ്ട പോയി കറ്റാട്ടിക്ക് തന്നെ നിങ്ങൾക്ക് ശരിയത്തില്ല എന്നാലോ അതിന് ദുഃഖവും ഉണ്ടാവില്ലല്ലോ പറ്റാ വലുത് പേണോ എന്നാ പിന്നെ എനിക്ക് വെതു കൊടുക്കാം അല്ലെങ്കിലോ പറ്റ പരശുവിനായി മാറിയില്ലേ കൊണ്ടുപോയി ഉപകാരമില്ലാണ്ട് പോകാനല്ലോ അപ്പൊ രണ്ടും കൂടി ഇതിന്റെ കാലവിലായിക്കോട്ടെ മനുഷ്യന് ജീവൻ നൽകണം നമ്മ ശരിക്കും വന്നാ മനുഷ്യന്റെ ഖിലാഫത്ത് അവിടെ ഇല്ലേ അടക്കുന്നത് വലായിക്കത്ത് ശരിക്ക അയനു തെങ്കിലല്ലേ ഉള്ളത് ആനുസിയ്ക്കോത്തി അയനുത്തലാ മലയ്ക്കത്തുള്ളത് കൊച്ചവളെ കണിക്ക് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞെ എന്തുകൊണ്ട് ആലമുനിക്കു മടങ്ങാൻ പറ്റാത്തോണ്ട് ആ കാലുഫീയ മഞ്ഞു ഫിയെന്ന് ചോദിച്ചു കണീകൊ മലയക്കത്തിന് എന്താ കൊള്ളല്ല ഒന്നുമില്ല മലയക്കത്ത് മുഞ്ചവർ തന്നെ അയനുത്ത ഹൈകിലാണോ ഉള്ളത് അതിന്റെ ഭാര്യ മുങ്ങിയവരാ പക്ഷെ ഹിക്മത്ത് കിടങ്ങാൻ ആ മലയക്കത്തിന്റെ ആല് വെച്ചില്ല അതേ അവസരത്തിൽ എന്തുകൊണ്ടും മലയക്കത്ത് കുറ്റപ്പെടുന്നതിലാണ് ആയിനുൽ ഹിക്കുമ്പിൽ തന്നെ നിന്നിട്ട് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്ന അളത്ത് പറ്റിയാണ് അജാനുഫീഹ മയുഫ്ഹ ഫെന്ന് എന്തുകൊണ്ട് ഷഹബാക്ക് വന്നിട്ട് അപ്പൊ ദീവിന്റെ ഹദ്ദും അതിന് വരുമ്പോഴെല്ലാം ലംഘിച്ചുകൊണ്ട് പ്രസാദിനേക്ക് എടുത്തു വൈശിച്ച് ബുദ്ധിമുട്ട് ചോലൊരുക്കും അത് വഹിച്ചു അവിടെ ശരീരത്തിൽ ശരീരത്തിന്റെ കണ്ട്രോളാണ് ഇതൊക്കെ കണ്ട്രോളാക്കുന്ന സാധനം ഇന്നത്ത് തിന്നാം ഇന്നതുകൊണ്ട് തിന്നൂടാ ഇന്ന രീതി തിന്നാം ഇന്ന് സമയത്ത് തിന്നാം ഇന്നത് ആരാണു ഇതാണ് ശരീരത്തെ കണ്ട്രോളാക്കുന്നു ഈ കണ്ട്രോളങ്ങ് വിട്ടാൽ ഇവരുണ്ടായി അടിഞ്ഞാറൂരി വരെ പ്രസാദമുണ്ടായി അപ്പോൾ തനിച്ച് ലാഹരുമായി നിന്നു അപ്പൊ നല്ലോ ഇന്ന് രണ്ടവിടെ കൂട്ടി നടക്കുന്നൊരവസ്ഥ അവിടെ ആ ഹിലാഫ് തീർക്കുന്ന ഇന്ന് ഞാൻ മലക്കാരോ മല ഐക്കത്തിന്റെ അതിന് തെക്കിൻ കൊടുക്കുക ഇതോടെ കൂട്ടി പിടിച്ചിട്ട് ഏതാൽ ശരീരത്തിൽ അപ്പോഴാ ശരിയായ ഹിലാഫ് വെള്ളത്തിൽ തന്നും കാടനുള്ളോവർ ഇടത്തിൽ തന്നും കാടനുള്ളോവർ അപ്പൊ ഈ ഭാഗത്ത് നിന്ന് അതും കൂട്ടും ഇതും കൂട്ടും ഇന്ന് അടുക്കിയപ്പോൾ നടക്കണം ഒരു പാലം സംസീയമായ പാലം ആവോ ഏത്മൊറുപോപിയെത്തിട്ടി ആയിരല്ല ബോധിയത്തിയെന്നും പറഞ്ഞാൽ നടക്കുന്ന പ്രബോധിയത്തിന്റെ അതിലായിക്കൊണ്ട് എൽ മുറുപോബി തുടക്കണം ഞാൻ അബുതായിക്കൊണ്ട് കാണക്കത്തറാകട്ടെ ഞാൻ റായിയും അറിയാതെയും അള്ളാഹു പറയാനു താര ഏതിനീ പ്രബോധിയത്തിന്റെ പാലപിലായിക്കൊണ്ട് നടക്കണം وذكر مسلم رضي الله عنه ان <تصفيق> سبب اذهابهم ابرزت سبب غلقان ذلك اربع امور اربع كارങ്ങളാണ് বৈতিরنيهদ алलबন ওয়ানে ইজিহিরিন নুফসা ওয়তাকালু মানম ইয়াকুন ওয়তাকালু ওয়ান্তরু అలా মানালিয়া জগতহুম বিহাল নুফসিহিম ওয়া কুলুবহিম അവരുടെ നെഫ്സുകൾ കല്ലുകൾ അതിന്റെ ബാക്കി എനിക്കോ ഗുഹകൾ ചെറുതുകൾ ഇങ്ങനെ പറഞ്ഞേ ഇതിനെ സംബന്ധിച്ചുള്ള അറിവില്ല ഇനയാകുന്നു എന്ന് പടം ഞെടു അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്റെ നെഫ്സുകളും കല്ലുകളൊക്കെ അരയിലെത്താണോ സരീഹത്താണോ എന്ന് ചെയ്തിട്ടില്ല ശരീരത്തിന്റെ അകം ബാധിക്കുമ്പോൾ ഞാൻ ഡോക്ടറിന്റെ ആശുപത്രിയുണ്ട് ഇഞ്ചി സൂചിയുണ്ട് മരുന്നന്റെ ദോശിയുണ്ട് ഫാർമസിന്റെ കൽബ് അരിയിലായിട്ടുണ്ടോ ഇല്ലയോ എന്ത് പരിശോധിക്കാനുള്ള ഒരു ആത്മഹത്യ വിളിക്കുന്നില്ലല്ലോ മൈലാണോ ഇല്ലയോ എല്ലാം ക്ലിയറാണെന്ന് തന്നെ വിജയിക്കുന്നു അത് അതിന്റെ അസ്ലീയ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നുവോ ആ ഒളങ്ങിയ തന്നെ ഈ ദുഞ്ഞാവിലേക്ക് വന്നപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ടോ അശ്ലീലായിരുന്നു അല്ലാമത്തൻ ഡ്രാട്ടത്തിൻ്റെ ലശിയായിരുന്നു നല്ല തിളങ്ങുന്ന സാധനായിരുന്നു അതിന് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല വമൻസാരൻകടൂ ത അങ്ങനെ വല്ലതും ഉണ്ട് എന്നറിഞ്ഞാൽ തന്നെ അതിന് തബീബൊന്നുമില്ല അതല്ല ഇവ നോക്കാനുള്ള ആശുപത്രിയിൽ ഇല്ല ഡോക്ടർമാർ ഇല്ല അതിനെ ശേഷം മാറുന്നില്ല മൂന്നൂന്ന് ശേഷം ശേഷൻ ഇല്ലല്ലോ ലോകത്ത് അങ്ങനെ അറിയും അങ്ങനെ വല്ലതും ഉണ്ട് എന്നറിഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി നമ്മളെ അതെല്ലാം വമൻ ജെറുദായിര അസനീഹാദിന്റെ അസലിലേക്ക് മടക്കാൻ പറ്റുന്ന ആളുണ്ട് എന്നതും അവർ എന്താക്കും അപ്പൊ കാലാകാലം അറിയിൽ നിന്നായിക്കൊണ്ടെന്ന് കഴിഞ്ഞിട്ട് വത്സരക്കവി മർത്തപത്തിൽ നവാമിന്റെ വർത്തവയിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു ഇതാണ് ഒരു കാരണം രണ്ടാമത്തേത് ഇന്തിമാസു ബസൈറത്തെയും അവരുടെ ബസീരത്ത് കെട്ടിടങ്ങിപ്പോയിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ കൽപ്പിക്കപ്പെടാത്ത കാര്യത്തിന് നല്ലോലെ ശ്രമം ആവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ ഇവന്റെ സമയം എന്തിൽ ചിലവാക്കണം അത്യാവശ്യം ചിലവാക്കേണ്ട കാര്യത്തിലോ വേണ്ടതിലൊന്നും സമയം സമയമില്ല ഊർജവും ഇല്ല പൈസയില്ല ഒന്നുമില്ല വേണ്ടാത്തേത് ചിലവാക്കാൻ അപ്പൊ ബസ് ഇടത്തി കട്ടറങ്ങിപ്പോയിരിക്കുന്നു അമ്പുലിക്ക് മേൽ പറഞ്ഞില്ലേ അമ്പുലി എന്നാ ഇരുത്തിഹാദീമക്ക വീക്കെ സീമ തൊലുക നീക്ക ഗലീലിമാൻ ബസ് ഇടത്തി നീക്ക അമാഹിസ് മഹാനുപോകം നൽകാമെന്ന് ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങളുണ്ട് അവൾ കിട്ടും എന്നാൽ നയിച്ചാറില്ലെങ്കിലും കിട്ടുമെന്നുള്ള കാര്യത്തിന് കഠിനാധ്വാനം നീ ചെയ്തേ വെച്ചു എന്നുള്ളതിന്റെ ബാധ്യതയിലോ പച്ച പോലെ ഇല്ലേ അതെന്താ നിന്റെ ബസ് ഇറത്ത് കിട്ട് പ്രകാശം കമ്മിളി തണഞ്ഞു അത് തന്നെയാണ് ഇവിടെ ഹട്ടോ വി തലവിമാലാം യുസ്വലഭമിൻ ഗും അവരിൽ നീ തേടപ്പടാത്ത വൈകുമൊത്തൊരു രൂപമായ കാര്യം കൊണ്ടുണ്ടാക്കി ബുദ്ധിപ്പെട്ടു അതിനു വേണ്ടി അഴവാക്കാനും അതിന് സമയം കാണാനും അതിനോടാനും ചാടാനും തന്നെ പുറമിക്കാനും കഥാക്കീരുള്ള യോഗം നടക്കുന്നു അതിനോ ചോക്കടാം ഞാൻ ഓട്ടാനുള്ള അവരുന്ന യോഗം അഫർവത്തോ ഈ മാ തൊലിവമിൻപും അവരിൽ തേടപ്പെട്ട കാര്യത്തിൽ അവർ ഉപേക്ഷ വരുത്തുന്നു കഷ്ട കാലുകൾ പിറ്റേ രസുക്കിൽ മതസ്വം മതസ്വുമായ രസുക്കിനെ തടലുകൊണ്ട് അവശികാലായി അതേ മക്സോമൊന്ന് എഴുതുകൊടുത്തു വിസുക്ക് നാല് ജാതിയുണ്ട് ഇല്ലല്ലോ മതമോനുണ്ട് മത്തസോമുണ്ട് മവബോധുണ്ട് മംലോക്കുണ്ട് നാല് ജാതി രസുക്കാണ് നാലിനെ നാല് പേരെ വഹുക്കുമ്പോൾ മതമോഹനും മക്കസോമന് അധ്വാനം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ വേണ്ട എന്ന് വെച്ചാലും ഓനെ വായിലേക്ക് എത്തിക്കോളും വേണ്ടാന്ന് വെച്ചിട്ട് വായങ്ങ് തെണ്ടിക്കെട്ടിയാലും എങ്ങനെയെങ്കിലും എത്തിച്ചേരാൻ നിൽക്കില്ല പറയാൻ കഴിയില്ല ഏതുപോലെ മൗത്ത് മൗത്ത് വേണ്ടി എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്നതുപോലെ തന്നെയാണ് മക്കൾ മതമോഹനും മക്കസോമമായ ഇല്ലത്ത് അവനക്ക് തേടിയെത്തുള്ളൂ അത് അല്ലാത്ത പോകാൻ തന്നെ നിശ്ചയിച്ച അളവ് കൂടുതലും പോയി അധ്വാനം കൊണ്ട് കൂടുകയോ ഇവൻ ഉപേക്ഷ വരുത്തിയത് കൊണ്ട് കോടതി കൊണ്ട് ചെയ്യൂല അപ്പൊ കാരസ്കാന്റെ മറുപടിയായി അതെ ഷാഫിമാർ പാട്ടിലേക്കു പാട്ടിൽ കാണാനോ പ്രേമരിച്ചു വേണം വലിസക്കു നിന്റെ റിസക്കു സുഹുത്തീ ഉപേക്ഷ വരുത്തി അത് ചെയ്യിക്കാൻ പോകുന്നില്ല എന്നാൽ അതൊന്ന് ചുരുങ്ങൂലാണോ ചുരുങ്ങിയേ ചെയ്സും ഡിസക്കിലോ ഏറ്റുകയും ഇല്ല അനാവുന്ന കഠിനാധ്വാനം ചെയ്തത് കയറുകയും ഇല്ല ഇമാവ് ഷാഫിയും ഞാൻ വൈകിട്ട് രാവിലെ കൂടെ അവർക്കാണ്ട് കച്ചവടത്തിന് കൂടി അത് അടച്ചിട്ടിട്ട് കടന്നുറങ്ങിയേ എന്നൊക്കെ രാഭവ് നഷ്ടം പറ്റില്ലേ സാധനം നശിച്ചില്ലേ ചുരുങ്ങിയില്ലേ അങ്ങനെ പണ്ടല്ല വിജയിക്കുന്നതൊരു ഊണിച്ചാടി കഷ്ടപ്പെട്ടതൊക്കെ ഏറുന്നില്ലേ അപ്പൊ ഈ അനുഭവം ഇതിലാണല്ലോ ഷാഫിമാവോ പറഞ്ഞതെന്ന് പറയാനായിട്ടില്ല എന്തുകൊണ്ട് ഒരു ഇത് എന്റെ ഏത് ഇരുക്ക് മക്സോമോ മതമോനോ മോർക്കാം അല്ലോക്കോ ഏത് ഇരുക്കാണ് നമ്മുടെ ഹെക്ക് മോർന്നിരിക്കുന്നത് മക്സമിനെ പറ്റിയാണ് മക്സമൂനെ പറ്റിയാണെന്നാണ് കർച്ച അതിനെ നമ്മൾ അധ്വാനിച്ചു പോലും അധ്വാനിച്ചില്ല പോലും എങ്ങനെ ഒരു വന്നുചേരണ്ട് പൂജ അതേ തരത്തിൽ മൗനോധം മംലൂക്കുമായി രണ്ട് ദിവസത്തിന് അധ്വാനം കയറുകയും ചെയ്യും കുറയുകയും ചെയ്യും ഉപേക്ഷകറ്റ് കുറയും ചെയ്യും മംലൂക്ക് നിന്നാളെന്റെ കുറെ കച്ചവടം ബിസിനസ് ഉടലേച്ചാടില് വേർക്കൊലിപ്പിക്കു അവിടെ നീരാക്കൊണ്ട് നയിച്ചുകൊടാം ഗൾഫിലെല്ലാം പോകുക കുറെ പൈസ ബാധിക്കുക ഇവിടെ കാറെടുക്കുക ഭൂമി എടുക്കുക എസ്റ്റേറ്റ് വാങ്ങുക അങ്ങനെയുള്ളതാണ് മമലൂക്ക് മംലൂക്ക് മമലൂക്ക് എന്നല്ല എനിക്ക് അസുഖമായി കൊള്ളുന്നില്ല മമലൂക്കായി കഴിഞ്ഞാൽ ഇവിടെ ഓന കറീത്തായി കഴിഞ്ഞാൽ അവകാശികൾ വരും കൊണ്ടാ നമ്മൾ ഓഹരിന്നു മറ്റോ വിൽക്കാവും അപ്പൊ അന്തരാവകാശികൾ ഓഹരി വെക്കുന്നതായിരിക്കും അമൂക്ക് ചിലപ്പോ വേറെ ആളെ അമൂക്ക് നമുക്ക് മക്സൂമായിരിക്കും സൂപ്പിയായിരിക്കും മമനുക്കായ കാർ വാങ്ങിന് പക്ഷെ എന്നെ കൊണ്ടാക്കാൻ അപ്പൊ ആ കണ്ണൂരിലേക്ക് പോയിട്ട് വേറെ നിങ്ങളെ കൊണ്ടാക്കാം ബൈക്കുകളെല്ലാം കൊണ്ടല്ലാം കാറ് കൊണ്ടാകുന്ന ഉപകാരം എന്തെന്ന് എനിക്ക് വെച്ചിട്ട് വെച്ചേക്ക് ആ വിഹിത എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷെ മിൽക്കാറോ നിങ്ങളത് മക്സുഖം ആയിരിക്കാം ഒന്ന് സീറ്റ് എനിക്ക് മക്സുഖം ഇരിക്കുക എന്റെ ഉപകാരം മിൽക്കുകൾ പോരെടുക്കുക പോരത്തിന് നീല താമസിച്ചറിയാം അപ്പൊ വരയിൽ താമസിക്കുക എന്നല്ല ആ മക്വസവമായ അവകാശമായിരിക്കെത്തി മിൽക്കാറുണ്ട് വേറെ തന്നെ വാടക മിൽക്ക് താമസിക്കാനുള്ള മക്സവുമോ ഇത് മൗറോദ് എന്ന് പറഞ്ഞാൽ ഇഭാഗത്തും തക്കവയും കൂടുതൽ സൂക്ഷ്മത പ്രകടിപ്പിച്ചാൽ അമ്മയത്തക്കല്ലെ അജാനും മഹറജ് വൈറസ് കുഹം മിന്നായിട്ടായ ഹറ്റത്തിൽ പ്രതീക്ഷിക്കാത്ത ഭാഗത്തിൽ കൂടി റിസ്ക് തരാമെന്നാമത്തെ ലേറ്റിലുണ്ട് അത് തക്കുവ കൂടുതലനുസരിച്ച് അത് കേറുകയും ചെയ്യും തക്കുവ കൊണ്ടുനുകയും ചെയ്യും അപ്പൊ വരുസുക്കൂക്കാ എന്ന് പറഞ്ഞാൽ ഈ വെക്കുമ്പോ അവിടുത്തേക്കാൻ തുടങ്ങുന്നു മക്കൾക്കൊന്നും അബൂമന അതിന്റെ റിസ്ക്കിനെപ്പറ്റിയാണ് ഏറുവിനെ ശരിക്കുന്നത് അതിന് അർദ്ധനം കൊണ്ടോ യാതൊരു തീരുമാനിച്ചില്ല അതുകൊണ്ടാണ് മൂപ്പറുണ്ടാക്കിയ ബി താരിസ്കിൽ മക്സോമിനൊക്കെ മൊത്തം കേട്ടുകൊടുത്തതാണ് മമലൂഖായൊക്കെ തരണം എങ്ങനെ പോയിക്കൊള്ളണം പക്ഷെ മമലൂഖല്ല മക്സോ ആയിക്കൊണ്ടെന്നില്ല എനിക്ക് ഉപകാരത്തെ എത്തിക്കൊണ്ടെന്നില്ല അതുകൊണ്ടൊന്ന് മക്സോം നമുക്ക് മനസ്സിലായില്ലേ മധമോൻ എന്ന് പറഞ്ഞത് മക്സോമുണ്ടെന്ന് എന്താ വ്യത്യാസം രണ്ടും പരസ്പര ബന്ധുണ്ട് മതമോ എന്ന് പറഞ്ഞാൽ ഒരു അഗത് ഇവിടെ ജീവിക്കുമ്പോൾ ഇത്തര കാലം ഇവനിക്കിന്നേതൊക്കെ വേണമെന്ന് ഞാൻ കൊടുക്കാൻ ഏറ്റിരിക്കുന്നു നല്ല നിശ്ചയിക്കപ്പെട്ട ആ കണക്കിന് രണ്ടുപറയിൽ മധുമോൻ എന്ന് ആ മതമോനായിരിക്കും മക്സുവുമായിട്ട് പുറത്തു വരും അത് കിട്ടി കിട്ടി കിട്ടി കിട്ടി നമ്മൾ അനുഭവിച്ചു പോകുന്ന ഓരോരോ കിട്ടുണ്ടാക്കുന്ന മക്സുവും അപ്പൊ കള്ളായ് കതിർന്ന് പറഞ്ഞാൽ മതി തീരുമാനിച്ച തീരുമാനങ്ങൾക്കാണ് കള്ളായ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ പുലർച്ചെയാണെങ്കിൽ അതിന്റെ കതിര് എന്ന് പറഞ്ഞാൽ ദൈലന്യെ ഞാൻ ഉണ്ടാക്കും ഇന്ന അവസരത്തിൽ ഇത്ര കാരൊക്കെ ഞാൻ കൊടുക്കും എന്നുള്ള മതമോനാക്കി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ കാരൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ തൊന്നിട്ട് കുരു കൂടെ തുപ്പ് നമുക്ക് ഒന്ന് വാച്ചിലാക്കി ആ താത്ത താരീഫിലന്നെ കൂടുതലാക്കി മതമോനും അക്സോമോ പണ്ണേ ചേക്കുമ്പോട്ടെ കൂടുതലും അറിയൂല അല്ലാതെ ചെയ്യൂലെ പണ്ട് തീരുമാനിച്ചു തീരുമാനം മാറ്റി ആകുമല്ലോ അതെ ഈ ആ തീരുമാനത്തിന് മാറ്റം വരൂല അതന്നെ നിസ്കം വാസിയാകെല്ലാം തിന്നാനുള്ള പോലെ അതന്നെ ദീർഘാഴ്ച ചോദിക്കുന്നില്ലേ മെമ്പറം തകയിലാന്ന് മെമ്പർ കയറലുണ്ടെ ധൈര്യം കണ്ടെത്തണം നിസ്കം എല്ലാ ആഴ്ച കേരളിണ്ടാ അന്ന് നിശ്ചയിക്കപ്പെട്ട എത്രയാള തന്നെ ജീവിക്കൂലേ അതിനെല്ലാം എല്ലൊക്കെ ദൈവം ഒക്കെ ജോസഫ് തുടങ്ങി വിശാലമായി ചോദിപ്പോയി അതിനാത്തെ മറക്കത്ത് കൊടുക്കലെന്നാണെങ്കിൽ കുറഞ്ഞ അളവ് കൊണ്ട് തന്നെ വിശാലമായ മറക്കത്തും കിട്ടുക പക്ഷ വന്നാൽ തന്നെ ഒരു ദിവസത്തേക്ക് ആരോ ഭക്ഷണം ആരം നടന്നിട്ട് വെയിറ്റ് കൂടലല്ലല്ലോ നമ്മളാവശ്യം ബാറ്റിന് മാനമുണ്ടാകുന്ന ഭക്ഷണം കൊണ്ട് ആവശ്യം അല്ല നമുക്ക് വേഗം ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ഊർജം വേണം രോഗപ്രതിരോധ ശക്തി വേണം ആക്യത്തിനൊക്കെ ഞാനല്ലോ ഭക്ഷണം കൊണ്ടുള്ള മക്കസൂദ് അതൊരു ബിസ്ക്കറ്റ് തന്നുമ്പോഴേ തന്നെ എന്താവുന്നു എല്ലാ കാര്യങ്ങളും കൂടെ തോന്നുന്നു എന്നാൽ കുറഞ്ഞതിൽ എന്താക്കി വിശാലമായി കിട്ടിയില്ലേ ചല്ല പോലെ പോലെ തറകും കുറച്ച് തോന്നൽ രോഗിയായി ജീവിതത്തിൽ കിടക്കുന്നു ഭക്ഷണം കൊണ്ട് എന്തായ രോഗം ഉണ്ടായത് മക്സൂദല്ല പൂർത്തിയാകുന്നു സ്വന്തപാതി ഉപകാരത്തിനൊക്കെ വന്നാലും റിസ്ക് എന്നല്ലേ കുറയും അമ്മയെ ില് ഉപകാരത്തിലും ചെറിയ കാണാം ഒരു തഞ്ചേരി മറ്റത്ത് ഒരാഴ്ച പൊട്ടി അതിന് വെറും തണുത്ത വെള്ളം വീട്ടിന് സർവ്വത്വലക്ഷ്യം കൊടുക്കുന്നു ഇരിക്കാൻ ചൂട് വരെ ഓർത്താൻ ജാഗം ഉണ്ടാവില്ല ആൾ വരക്കുന്നു മക്കളെ കെട്ടിക്കുന്നു എടുക്കുന്നു എല്ലാം ആക്കി അതിന്റെ വീട്ടിൽ വരുന്ന അതിനൊന്നും ഇല്ല കളിക്കുമ്പോൾ തന്നെ വച്ചോടെ തറത്താണ് ചെറിയ തറുത്ത ചെറുപ്പം വലിയ വരുമാനം ബാക്കിയായിട്ട് സൂപ്പർ മാർക്കറ്റ് എങ്ങനെ അങ്ങോട്ട് നോക്കി അത്തരം കാണാത്ത സൂപ്പർ മാർക്കറ്റ് കടക്കൂട്ടിയൊക്കെ അത് കടമ്പാക്ഷി എന്താ കൊണ്ട് കാര്യം മമലൂക്കൊരുപാടുണ്ട് മക്സബ് കുറവ് എന്നുള്ളത് തെക്ക് മോള് തെക്ക് പ്രവർത്തനത്തിന്റെ മോള് വാഗ ചെയ്യപ്പെട്ടത് എല്ലാ കൊണ്ടു വിഷമല്ലാഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുന്നില്ലേ മോറോഡ് വേറെ സിപ്പായിട്ട് അത്യാഗ്രഹം പ്രകടിപ്പിച്ചു കൊണ്ടുവന്നു വജം ഇഹ അത് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടും വരത്തിക്കാറിയാതെ വേറൊക്കെ കൊടുക്കാതെ കൊണ്ട് പൂഴ്ത്തി വെച്ചുകൊണ്ടും അവൻ ഏർപ്പെടുന്നു വത്തറക്കൂർ അവ ഉപേക്ഷിച്ചു മാ തൊടിമെന്നും അവരിൽ നിന്ന് തേടപ്പെട്ട മത്തുരൂപന്താണ് കോരാകും മൗലയായ ഒരുപാട് അക്കം വിടാനുണ്ട് വത്തപ്പക്കൊരു ഭീമാ അവരാകും ഇതുവരെ അള്ളാഹു താന കൊടുത്ത കാര്യങ്ങളിൽ തപ്പക്കൂർ ലോ അള്ളാഹു കണ്ടുവന്നു ഈ കണ്ണുകാലം തന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ അതൊപ്പം സംബന്ധിച്ച് എണ്ണീറ്റ് നടന്നോക്ക് തപ്പി തടഞ്ഞ് വീണില്ലേ ലോകത്തിന്റെ എന്തോ ആസ്വദനായിക്കുള്ളത് ആ ഇതേ കങ്ങട്ട് തപ്പക്കു അതോ പല്ലില്ല ഏമത്ത് എന്തെല്ലാം പക്ഷെ അത് അടിക്കുന്ന മാറ്റുന്നില്ലേ പല്ലു വേദന വേദന കണ്ടോ ഒന്നോക്കിയെ യാത്ര ഇങ്ങോട്ടൊരു ഇങ്ങനെ യാതും വന്ന് കിടക്കാനല്ലാണ്ട് കഴിയുമോ അപ്പൊ വേദനയില്ലാത്ത ആ രാഷ്ട്രീയത്തിന് നിലയ്ക്ക് അവസ്ഥ അപ്പോൾ മൌലാന്റെ ഹക്കു കൊടുക്കുന്നുമില്ല നരകപ്പെട്ട നിയമത്തിന്റെ വിഷയത്തിൽ ടപ്പറും നടത്തുന്നില്ല അവർ അവർ വെടിതെറ്റിപ്പോയി വാങ്കവു മഹാലിമ തഹസീഖ് എന്ന കേന്ദ്രങ്ങളെല്ലാം അവർ ഇങ്കാറാക്കാൻ തുടങ്ങിപ്പോയിരിക്കുന്നു തങ്ങളത്തൊക്കെ ഹരീത്തിൽ വന്നിട്ടുണ്ട് അന്നഹു കാല മഹബാലുഅൻ ചില ജനങ്ങളുടെ അവസ്ഥ എന്താ യുശർദിഫോനൽ മൂത്തറഫീൻ ദുഞ്ഞാവിൽ കുറെ നിയമത്തിൽ നൽകപ്പെട്ടവരുണ്ടാവുമല്ലോ ആറും വണ്ടിയും പരിയും പങ്കീശങ്ങളും അവരെ പോയി നല്ലോണം പോലീസിയാക്കുന്നു അവർക്ക് വലിയ യാതൊരു ഓ വയഫോനബിൽ ആ വിധിയിൽ അള്ളാഹു താലാവ് വിഭാഗത്തുമായി കഴിയുന്ന കുറച്ച് പാവങ്ങൾ അവിടെ ഉണ്ടാവും വിഭാഗത്തു വലിയ വലിയ പന്താണ് പക്ഷെ ഫൈസന്റെ വിഷയത്തിൽ പോക്ക അവരാ നിസ്സാരപ്പെടുത്താം ചെയ്യല്ല ഇങ്ങനെ ആക്കുന്ന ഒരു കൂട്ടരുടെ അവസ്ഥ എന്താൽ ഊർ ആനി ഖു ആൻ കൊണ്ട് അവർ അമ്മൽ ചെയ്യും ആ വാർത്തക്ക് അകുവാ അവർക്ക് അനിയ വളർക്ക് നിരക്കുന്നതാണോ അതിനൊപ്പിച്ച് ഖുറാനെ ആലോചിച്ച് അയാൾ ഇങ്ങനെ ഇല്ലെ മുലേൽക്ക ഏ അനിയെങ്കിലേ മുലേർക്കുക ഇവരെ വാദം ആയത് കൊണ്ട് കൊണ്ടുവന്നിട്ട് അതിനൊപ്പിച്ചിട്ട് ഇവരെ ചെയ്യുന്ന ആയിരിക്കാൻ വേണ്ടി ഖുറാനെ ആ ും അവർ തണിയ വാക്ക് നിരക്കാത്ത പലതും വന്നാൽ തറക്കൂഹോ അതേങ്ങൾ ഉപേക്ഷിക്കും ആടെ പിന്നോർ കൊണ്ടൊന്നും പറയേണ്ടാവില്ല അപ്പൊ പറ അവസരത്തിലാണ് ഖുർആന്റെ വാദുകൊണ്ട് അവർ വിശ്വസിക്കുന്നു ബാങ്കുകൊണ്ട് തളവാക്കുകയും ചെയ്യുന്നു എന്ന അവസ്ഥയിൽ ഇവിടെ വന്നത് വാക്ക് നിരക്കുന്ന സ്ഥലത്ത് വിശ്വസിക്കുന്നു അധ്വാനം എന്നതില്ലാതെ കണ്ട് കിട്ടാവുന്ന എന്തല്ലോ കാര്യങ്ങൾ അഭോക്സരോടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ കവരിൽ മക്കുദൂവനയ്ക്ക് നിശ്ചയിക്കപ്പെട്ട മക്കുദൂറാക്കപ്പെട്ടോരോ അംശങ്ങളുണ്ടല്ലോ അതിനാൽ അത് അധ്വാനമില്ലാതെ വന്നു ചേരും ആ കാര്യത്തിൽ ഇവൻ കഠിനാധ്വാനം ചെയ്യുന്നു അതന്നെ പോ والناجح المقتور بن سيق بطا अवदियालो इतर अवदिया रे ജീവിക്കും എന്നുള്ളது അല്ലാഹുവിന്റെ തീരുമാനത്തിലാണ് ആയിരം വറന്നു ആയത്ത് ഇടാൻ പോണ്ട് പോരെ പരിപാടി ഒന്നും ഇങ്ങു ചെയ്യണ്ടതില്ല വർ റസ്ഖുൽ മഖസൂ മർ റസ്ഖിനാരി വലാ യസ്അവന അവരാണെങ്കിലും അദ്വാലിക്കുന്നില്ല ഫീമാ ലാ യുദറു ഇല്ലാ ബിസയീ സയീ കൊണ്ടല്ല അല നേടാൻ കഴിയൂല അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട് അതെന്ദിനാൽ ജസാഇൽ മൗഫൂർ ൂർണമായ പ്രതിഫലത്തിനാലും അള്ളാഹുവിന്റെ വക്കൽ നിന്ന് ശുക്ര നൽകപ്പെടുന്ന അധ്വാനങ്ങളാലും വത്തിറത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടത്തിനാലും അതിൽ നിലവണ്ണം അധ്വാനിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത് പറയുന്നു രണ്ട് കരിമത്തിലൊതുങ്ങി എന്ന രണ്ട് കളിമത്തിലിറങ്ങുന്ന ലാത്ത മാ കുറ്റ നിനക്ക് മതി വരുത്തപ്പെട്ടത് അതായത് വേറേറ്റെടുത്ത് നിങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് കിഫാത്ത് ആക്കപ്പെട്ടുണ്ടല്ലോ അതിനോട് അധ്വാനം ചെയ്യാൻ പാടില്ല വേറൊറ്റെടുത്ത് നടത്തുന്ന കാര്യം നിങ്ങളൊന്നും അധ്വാനം ചെയ്യാൻ പാടില്ല വലാത്തുന്ന മസ്തു കുഫീറ്റ നിന്നോട് കിഫാത്ത് ആവശ്യപ്പെട്ടപ്പെട്ട കാര്യം ഉണ്ടാവും നീ നടത്തണമെന്ന് വന്നിട്ട് അതിലോ ഉപേക്ഷ വരുത്താനും പാടില്ല അപ്പൊ മസി കയറിയാൽ ടിക്കറ്റ് കൊടുത്തോളാം നമ്മുടെ കടമ അതിന് ഉപേക്ഷ വരുത്താൻ പാടില്ല അല്ലാത്തുകയും വസ്തുപ്പ് ഫീറ്റാ അത് നിങ്ങൾ ചെയ്യേണ്ട പണിയാ അല്ലാത്ത വസ്തുപ്പ് ഫീറ്റാ അത് നിങ്ങൾ ചെയ്യേണ്ട പണിയാ എണ്ണ അടിക്കലോ ഗ്രീസ് അടിക്കലോ ടയറിന് കാറ്റടിക്കലോ മറ്റേ റിസർമാക്കലോ മറ്റേ മറ്റേ ഒപ്പിടലോ ആ എല്ലാം ഡ്രൈവറും കട്ടത്തേക്കണോ യാത്രക്കാരനാകുന്നോക്കണ്ട യാതൊരു കുറച്ചില്ല ಅತ್ತಾ ದಿ ತೋ ಮೂನಮತೆ ನಿಸ್ತಿ ಗಾಲುನ್ ವಿ ಆಲಮಿನ್ ನಸುಬಾಹಿ ಈ ಬೌದಿ ಗಡೋಂ ಕೊಂಡ ಆಲಮಿನ್ ನಸುಬಾಹಿ ಕೊಂಡ ಶುಗದಾಯಿ ದೂನ ತಾರಿ ಜೀಲಾ ಆಲಮಿನ್ ನರುಹ್ ಆಲಮಿನ್ ನರುಹ್ ಏದೆಕ ದರಗರ್ ಇಲ್ಲಾದ ವೈ ಉಪ್ಪಟ ಕರಲ್ಲಲ್ಲೋ ಪಪ್ಪ ಪಷ್ಟ ರೋಬಿಯ ಸಿದಮತಿಲ್ ಹಿತ್ತಿ ಹಿತ್ತಿನ್ ದ ಹಿತ್ಮತ್ ಕೊಂಡ ಅವರು ಜುಲಾಯಿ ವ ಇಲ್ಮಿಲ್ ಹಿಸ್ಸು ಕೊಂಡಂ ವ ಅಮಲ್ಲ್ ಹಿಸ್ಸು ಕೊಂಡ ಚುರ್ಕತಿಲ್ ഖൈദമത്തം ഇൽമും അമലം അല്ലാമൻദൈ ഹിസ്സ്ൽ മാത്റമായി വഅന അമലു വഅനമിൽ ഖുലു ഇനിൽ ഖുലു ബിമാ അമലിലി കൽബിൻദ ഉലൂമറു അദിനു ആവിചമായ അമലുകൾ കൽബിൻ അമലാനല്ലേ അതല്ലോ സഹാദണ്ട് മുറാഖബണ്ട് തൗബണ്ട് അതോ പറഞ്ഞല്ലേ ഖുൽ അമാലു ഖുലൂബ തൗബയുടെ തുടക്കം തൗബാനല്ലേ കണ്ണ് കാണാതെ ആയിക്കില്ല അന്നെന്ന് ചോദിക്കണ്ട ആമന്റെ വണ്ടില്ല അതല്ലല്ലോ عمالك الله بناء لدي تربة صدق وجاء خوف إخلاص إن شكر صبر محبة لله انس تبكري إن تفكري إن لنه نقول الله نبدأ مشاهدة مراقبة محاسبة إن لنه بطمورنا لنه يلقى لنه يجعلنا ني എന്നുള്ള അമാല കുലോപിൽപ്പെട്ടതാണ് അതിന് ഓരോന്നും എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യേണ്ട എന്നുള്ള എനിക്ക് ഉറമപ്പ് അതിന് പ്രത്യേക ഇൽമുണ്ട് ആ ഇമിപ്പം ഒന്ന് ഇതുവരെ തപക്കൻ എങ്ങനെയാണ് അതിനൊരിമുണ്ട് സൗത അതിനൊരു ഇൽമുണ്ട് എത്ര കാലം ചെയ്യണം ഇനിമുണ്ട് തപക്കു എങ്ങനെ നടത്തണം അതിന് ഇമുണ്ട് ആ ഇൽമൊഴിച്ചാലും അതിന് അവനോടൊപ്പം ഉള്ളു എല്ലാത്തിനും ബേസ് ഇൽമില നടത്തുന്നു അത് മാറ്റം ഇന്നലോട് പോകും ഞാൻ അതെല്ലാം ഇത്തരം വക്കിലാക്കിയിരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വക്കിലേ പോകാം ആ ഉണ്ടല്ലോ സുഖം കണ്ടിട്ടില്ല മാറ്റില്ല പറയണ്ട് സുഖം ഇങ്ങനെ ചറോടെണ്ണം കഴിയും വാങ്കൂ അവർ ഇങ്ങാറാക്കാൻ തുടങ്ങി മായതിൽ അമല കുലോബിന്റെ മേലിലും അമലൽ കുലോബിന്റെ മേലും അറിയിക്കുന്നുണ്ടെങ്കിലുണ്ടെങ്കിൽ അവർ ഇങ്ങാറാക്കും വിഹയക്കിട്ടാവുന്നതെന്താന്ന് തോന്നിയും അവർ ഡൗട്ട് ഓഫറേഷനാണെന്ന് ഇക്കാലത്ത് പറഞ്ഞല്ലാ ഇങ്ങാറാക്കാതും ഹിസ്സിംഗത്തൻ അവർ ഹിദമത്ത് മുഴുവന് ഹിസ്സിയത്തിലായി ഓരോ അവർ ഓരോ മുകൾ മുഴുവന് റസ്മിയുമായി മാറി യമാരും പതനും അവർ അയമാനാണെങ്കിലും പതനുമായി ബന്ധപ്പെട്ടതായി ഹിറപ്പ്യത്തന്നു പറഞ്ഞാൽ ഒരു തൊഴിൽ പൈസ കിട്ടാനുള്ള തൊഴിലുണ്ടല്ല ശമ്പളത്തൊഴിലല്ലേ ഹിറഫ് നിനക്ക് എന്താ ജോലി തന്നെ ലഭിക്കുന്നു നിങ്ങൾക്കോലി വള്ളിത്തേ നിനക്ക് എന്താ ജോലി എനിക്ക് നിർത്താനത്തന് എളം എന്തെടുത്ത് ശമ്പളം കഴിഞ്ഞാൽ കിമ്പളത്തിടെ കിട്ടും ശമ്പളം പോലെയാണ് കിമ്പളം കൊണ്ടുപോയി നീക്കുക എങ്ങനെയാണ് വൽ ഹക്കു എന്നാൽ ഹക്കുണ്ടത് മീൻ വറായി കൊല്ലു ഈ പറയപ്പെട്ടതെല്ലാം അപ്പുറം മുടിയോ ബഹുദൂരത്ത് കിടക്കുന്നു മഹാകാല്ല ഈ പറയപ്പെട്ട മുഴുവനും മക്കാമിലേക്ക് കേറണ്ടെ തൊട്ട് മനുഷ്യന്മാർ അകറ്റിക്കളഞ്ഞിരിക്കുകയാണ് इल्ला बिसादुकति तौफीक अल्लाह इल्ला मुंगडम न तौफीक इंदाया रही अंदेंगे नि निरन्नु प्रश्न ಅಲ್ಲ فكل من اتقى لخدمه الذिकी हिद्दीन الخدمته കൊണ്ട് ചുമതായി கிணை பர் பரீதும் தீ ஹால குர்பி அவنده குர்பின்ட الحاله தென்ன வைதை மாறி சரிக்கு சொன்னால் ಈ hizmet ಅನ್ನು ಮಾಡಿಟ್ಟಿ hizmetின் session ಅನ್ನು ಮಾಡಿแกഞ്ഞി വെക്കാതെ ಕತನ ವಸೂಲೆ ಕತಾಯಿ ಕುர்பின் ಎಡಕಂಡ ಅದೇ ಬಣೆಂದಕ್ಕೆ ಬೋದನಾಯಿ ಮಾಡಿ ಪೋಯಿ പണിയൊന്ന് മാറ്റിയത് കൊണ്ട് സംഗതി ഉൾപ്പെ അപ്പൊ ഈ നെഫ്സൽ അവർ ഇപ്പൊ കുറവാകാൻ പണി എന്തായാലും നേരെ കൊടുത്തിരാക്കി ചെലവാക്കിപ്പോയി ഇതേ പണി തന്നെ മറ്റൊരു രീതിയിൽ എടുത്തോക്കുമ്പോ കുതിലേക്ക് എത്തിക്കുമെന്നോ മുങ്കാളി ഓസോരി തന്നെ അവൻ മുങ്ക മാറി ഇതാണ് എല്ലാം അവരുമായിട്ട് ദൂരത്താണ് അതോടൊപ്പം അടുത്തിട്ടുണ്ട് അപ്പൊ വസൂലാകാനുള്ള അസുഭാവളെല്ലാം അടുത്തിട്ടുണ്ട് അത് കൂട്ടുമാക്കിയപ്പോ വേറൊരു തിരിച്ചുവിട്ടപ്പോ വകുപ്പ് മാറി ചെലവാക്കിയപ്പോഴല്ലായി വൈഡായിട്ട് മാറുകയും ചെയ്തു بل كل منهم ناعن ناعن ما ورنا وئيدن وهو طعان اي قريب لنا وردنا على ذلك البعيد هو ماريتكم وفي مناجاات الحكيم حكم من مناجاات انت الله انت يا محمد الحكيم लास्ट الايه مناجاه الى حيونടങ്ങനെ عليه ماது ضرب ورد ذكري كان بيقول او تكن رب دي മിന്നി വമാ അബഅനി മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഉള്ളാഹിനോട് ചോദിക്കുന്നു അതിന്റെ ലാസ്റ്റ് വരെ ഇരാഹിമാി അതിന്റെ ബാക്കി എത്രയാട്ടെ മിന്നെ ഞാനും ആരെ എത്ര അടുത്താണെന്ന് അകതും അബ്ബാവും അവരെ അടുത്താണ് അകറൽ വരെ ഇതിനാക്കാൻ അക്റബാണെന്നാണ് അബ്ബാബുക്കാലെ അബ്ബാരെ പറ്റി നമ്മളൊക്കെ വിലയിൽ കൊടുക്കുന്നത് നമ്മളെ മനസ്സിൽ തോന്നുന്ന ഏതാന്ന് വളരെ നന്ദി കിടക്കുന്നില്ല പറഞ്ഞ കേൾക്കുന്നുമില്ല നമ്മളെ പൊളികേക്കുന്നുമില്ല നമ്മളെ കാണുന്നുമില്ല അന്തവിടെയോ മുഖപ്പുസിങ്ങനെ വസരത്തിലെവിടെയോ അടക്കുന്നപ്പം നമ്മളെ ധാരണയിലുള്ളത് അത് ബഹുമാതെ അസിഹത്തോ അത്രീ ഫലീപിനുള്ളവ തന്നെ വെജ്യപ്പെടുത്തുന്നു എന്നിട്ടോ അമ്മ അഭിനയത്തിന് ഞങ്ങൾക്ക നിന്നെ പോയിട്ട് എന്നെ ഇത്ര പ്രതിരാക്കി എന്താ പ്രാർത്ഥിക്കാം ഇവർ ജാഹിരായ ഈ മക്കാമുണ്ടല്ലോ ഈ പദവി ഈ പദവിയെ ഇംഗാറാക്കുന്നു കാരണം നമ്മളെത്തേനപ്പുറം ഇനി ആരും എത്താൻ ബാക്കിയില്ല ഇത് തന്നെയാണ് വാഴ തീരുമാനിച്ചത് അതിന്റെ അപ്പുറം എത്തതിന് പദവിയില്ല ലോകത്തിൽ താഴെ വിട്ടും തേറി പറഞ്ഞ കേരളത്തിൽ വലിയ ഡിഗ്രി ഏതെന്ന് കേരളത്തിൽ പേസിയല്ലേ അതിനപ്പുറം ഡിഗ്രി ഇല്ല അപ്പൊ പേറ്റ് ആയി കഴിഞ്ഞ പിന്നെ അതിനെപ്പോണ്ടാ എന്ന് പറഞ്ഞാൽ അല്ല ശരിക്ക് പറഞ്ഞു പേറ്റ് ഉണ്ടപ്പറേ അവസ്ഥകളൊക്കെ നീങ്ങിട്ട് തെളിഞ്ഞു വരത്തിണ്ടല്ലോ സവാൾ വൈസമ്മർഹാനില്ല അതിലുള്ളത് നേരത്തെ ഇൻമുത്ത ആഗ്രഹിക്കുന്നവരുടെ അവസ്ഥ ഇൻമുറുഹാനാ പറയേണ്ടത് ഖ്യാസനുസരിച്ച് പറയേണ്ടത് അല്ലേ ഇല്ല അപ്പുറം നോക്കി وضعنه عبروا بادقن ان لو ليس تيم زائدن الاتاب للحسيهتي حتيا هي جسد ابن الافرم شيكم الا ادل كتن ردي ادغدك يعني الافرمي يلوم مبكي الا انا الوت من ما عندهم ആ പാവങ്ങളും മധൂരികളാണ് ഇത് ഇംഗാറാക്കുന്ന വിഷയത്തിൽ അവധി വച്ചാൽ കുതിരവിട്ടെ ഇത് ലാരിഫിൽ ഭരണ ഇല്ലാമെ നാട്ടിനടങ്ങുന്ന നാട്ടിൽ പോയാക്കല്ലേ നാട്ടിന്റെ വിശാല ദില്ലു ഇവ പഴകുട്ടികൾ അടുക്കള വിട്ടി കഴിഞ്ഞാ ബോംബെ നാട് ഇത്ര വിശാലമാണ് ചൊർക്കളിൽ അടുക്കളയിൽ നിന്നിട്ട് ഒരു പെണ്ണുക്ക് പറയാൻ കഴിയുമല്ലോ ഒരു നാട്ടിലെത്തില്ലേ അതിന് വിശാലത കണ്ടുപിടിക്കാൻ കഴിയൂ അല്ലാരി വനസ്വഭാവീ അത് വലിയ കന്ന് ശവുക്കിനെ തിരിയൂല എല്ലാ മനുഷ്യ ആ ഷവുക്ക് മനസ്സിൽ കയറിയിട്ട് അതുമായി ഇങ്ങനെ അതുകൊണ്ട് മല്ലരിക്കുന്ന ആളുണ്ടാവുമല്ലോ ഓനിക്കാ ശവുക്ക് താഴെ എന്താ തിരിയുള്ളൂ മറ്റൊന്നും ഓണിക്കുന്നത് എല്ലാം അനുഭവിച്ചാലേ അതൊക്കെ തിരിയുള്ളൂ വനസ്വഭാവ അതുപോലെ മർബത്തിന്റെ കടുപ്പം സ്വഭാവത്തുണ്ടല്ലോ അതും തിരില്ലാഞ്ഞു ആനിയ ആ സമാപത്തെന്ന മഹത്വത്തിനോട് ആരാണോ അതുമായിട്ട് മത്സരിക്കുന്നു ബോധിക്കുക അതിന്റെ ഗൗരവം തിരിയുള്ളൂ എന്ന് വേണ്ട ഒരു കവി പറഞ്ഞ പോലെയാണ് അറക്കട വിട്ട് പുറത്തിറങ്ങാത്ത ആക്ക് അങ്ങാടിന് വിശാലത കിട്ടുന്ന എങ്ങനെയാണ് പിന്നെ ആ ജുഹലാകുന്ന കൗമലം ഇതിന്റെ ഇത്തരത്തിലുള്ള മക്കാമാകുകൾ ഇങ്കാറാക്കത് കൊണ്ട് ഓർമ്മ മതിയാക്കിയില്ല ഹത്തും മക്കാല വിഷിക്ക അങ്ങനെയുള്ള പല കാര്യം പറഞ്ഞവളെ കാപ്പറാക്കലായിരിക്കും ഒരു പരിപാടി ഞാനിങ്ങനെയൊക്കെ പറഞ്ഞൊരാളല്ല ഓരോ കാരുടെ മുതൽ കാത്തത് മക്കട യോഗം പിന്നെ തുടങ്ങി قلتوا هذا من الهرمان وكفروا وغندقوا وبدعوا إذا دعاهم اللبيب الأورع أورمت الله أترى على لك عفراكم لك الزنديقات فطوركم لك البدعتانات فطوركم فبدعوا يقول إذا دعاهم أترى ما لك لك لك تعال على اللبيب الأورع وليسوس مزايا ബുദ്ധിമാനിക്ക് ഇങ്ങോട്ടും മീതിലൊന്നും കൂട്ടിച്ചെല്ലാം പോവാന്ന് പറഞ്ഞാൽ ഏ അതൊക്കെ പിതേട്ടാം അല്ലാതെ ശ്രദ്ധിക്കുന്നതാണ് ഞാൻ വിധിയെത്താം ഞങ്ങളോ അറിയില്ല ഇതിനാണ് അള്ളാഹന്റെ ബിനാറ്റിനർക്ക് ഹെമാൻ അവൾ തടയപ്പെടലി ഇതാണ് അള്ളാഹ് സ്വസ്ഥയിക്കുന്നവർക്ക് ഹിദലാനായിപ്പോ അതിന് അലാമത്താ അറിയില്ലെങ്കിൽ അറിയാൻ മൂലക്കിന്നാൽ ഇപ്പൊ നമുക്ക് അങ്ങനെ മണിക്ക് നോക്കുന്നു ഇതാക്ക് വേറെ ആരെങ്കിലും ക്ഷണിച്ചാൽ നിങ്ങടെ ഇന്നു അതൊക്കെ സിഞ്ചിക്കുന്ന പണി എന്ന വൈദ അവഹി അവായ് കൽ ഏതെങ്കിലും ഒരാള് നസ്റ്റിന്റെ അവായുധകളൊക്കെ തടഞ്ഞിട്ടൊരു പുതിയ ഒരു ഇതിയാതാ പരിപാടിക്ക് ഇങ്ങനെ ഇവരുടെ കൽവിനെ ചികിത്സിക്കാൻ പണി ആലോ ഓർക്കു പറയാനുള്ള ഓർത്താറുണ്ട് വിരച്ചിരുന്നത് വിരയാത്തിന്റെ പണിയാണ് ഓൻ വിരാൻ അത് ഉറപ്പ് അങ്ങനെ ഓർ നല്ല കുപ്പായിട്ടിരുന്നു ഉറപ്പിവെച്ചിരുന്നു ഏ അങ്ങനെ ആക്കിയിരുന്നു ഇങ്ങനെ ആക്കിയിരുന്നു അതിലൊരു അതിൽ നമ്മൾ വീട്ടിലെന്തപ്പ വേണ്ടോ അങ്ങനെ പറയാനെ ഇങ്ങനെ ഈ പറച്ചടക്കുണ്ടല്ലോ അള്ളാഹു രാഹുലിയായും അള്ളാഹു റൈജാബ് സത്തലും നിർത്തുന്നേ അള്ളാഹിൽ പോകലാന്ന് അല്ലെങ്കിൽ ഓണം പുറത്തിറച്ചാൽ ശരിയാവില്ല ഇങ്ങനെയൊക്കെ വേണം വൈകാ സമയം മുരി മുരി നീ വേണ്ടതും കേട്ടുപോയാൽ ചൈനയ്ക്ക് ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ ആ വിജക്തി പിന്നെ നീ സന്തോഷിക്കണേ നീ ആളുടെ പട്ടിയൊക്കെ നീ അഴങ്ങി വിടാൻ പാടില്ല നീ മനസ്സിൽ നല്ലോണം സന്തോഷിച്ചു ജപ്പാർട്ടീൽ കൈനായക്കും അവരെ കൊണ്ട് അള്ളാഹുഅലായത്താണ് ഞാൻ മാത്രമല്ല ജമ്പടത്തൂ ഫീ സത്രി ചിരിലി ഇന്ദഭൂ അവന്റെ അടുക്കൽ അന്നാമത്തെ ഒളിപ്പിച്ച് വെച്ചാൽ ഈ മുരിയിൽ അടുത്ത് ഒളിപ്പിച്ച് വെച്ചാൽ ആ ചെറുന്ന് വെളിപ്പെടുത്താൻ അവൻ നീ പറയും പോലെന്നല്ലാതോ അല്ലെ സിങ്ങിനിങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എന്താക്കാൻ ആ തിരുന്ന് കുറച്ചു ആടിയിട്ട് ഓൺ ന്യായീകരിക്കാൻ പോലെ ബാലത്തെ പറയാൻ പ്രീയൊക്കെ എന്താണെന്ന് തിരുന്നാളും വറച്ച് വെച്ച് ഓണെന്ന് ഫൈൻ ഡാർജ് അയ്യം എന്തായിരിക്കും ആ തെറി പുറത്തു കളിക്കാറുണ്ടല്ലോ അല്ലാതിന്റെ ഭാഗത്തർക്കൊണ്ട് വരും എതിരെ അവരുടെ അഖുബാലുകളിലും റഹ്ബാലികളിലും ഇൻഗാറാക്കുന്ന മനുഷ്യൻ അവരെ പറ്റി അഹങ്കാറാക്കുന്ന പറ്റി ഞാൻ എന്താ വിധികൊടുക്കേണ്ടത് ഇൻകാരമിൻ അഗമി പകമി അവനീ പറയുന്നുണ്ടാ തിരിയാത്തോണ്ടാണോ എന്താണ് പോവുകയൊന്നും തിരിയുന്നില്ല എന്തായി പറയുന്നത് പുറത്തുന്ന് പറയുന്നു നമുക്കേന്നില്ല അപ്പൊ ജഹനിഹി അവാഹിദാന്നെ എതിർ കൊടുക്കാം മധുരക്കിഹി അവന്റെ ബുദ്ധിയുടെ എതിരാക്കണ്ടല്ലോ അത് ലൈഫാണ് എന്ന് പറഞ്ഞ് ഓർക്കു ചെയ്ത അപ്പൊ യാക്കാനിഹി ആല മൃഗത്തിനെ കെട്ടുന്ന ആലക്കാരെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു ആ യാക്കൻ ആല നന്ന കുടുങ്ങിപ്പോയി കുറച്ച് വിശാലമായിട്ട് അതേപോലെ മേഘാനി ആലി തന്റെ കെട്ടിക്കളി കമാക്കമ്യ പ്രകാരം പറഞ്ഞിട്ട് ഈ കിതാബ് ഈ തൊതൂറിൽ മറാതി മിനലിൽ മറാതിൽ എന്ന കിതാബിൽ മൂപ്പുറ പറഞ്ഞതാണ് വളർത്തുക പറഞ്ഞ കലാമെന്ന് ഉദ്ധരിക്കാൻ വാത കലാമി കുറെ കാര്യം പറഞ്ഞതിനു ശേഷം എന്ന ഒന്ന് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവനെയൊക്കെ ഈ ഹാൻ പറഞ്ഞാൽ ഓനേക്ക് പക്ഷേ മഹാ യോഹം ഓനിക്ക് തിരിയുന്നില്ല എന്നാ പഹൂറാണ് മുസന്ന മുല്ലഹു ഹാലുഹു ഓന്റെ ഹാലനുസരിച്ച് അവനെ സമ്മതിച്ചു വിടുക ഇങ്ങനെ എന്തെങ്കിലും ഭാവിയിൽ നോക്കി വെച്ച കുത്തിയിൽ നോക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ പഠിക്കാനുള്ള വിഷയത്തിൽ വിശ്രമിച്ചിട്ട് എല്ലാവരും പോയുണ്ട് അതോടൊപ്പം ഈമാനുള്ള ഈമാനുള്ള മമ്മിനാക്കിയൊണ്ടാണ് അപ്പൊ അതിൽപ്പെട്ട വല്ലതും ചിരിഞ്ഞ് എന്നാൽ അവന്റെ ഈമാന ശക്തിപ്പെട്ടതുകൊണ്ടും അവന്റെ മാലിപ്പത്തിന്റെ ദാണ്ടല്ലോ അത് വിശാലമായതുകൊണ്ടുമാണ് മഷദദും അവന്റെ മഷദ് വിശാലമായൊന്നുമാണ് സഭാങ്കാനം നൂറിൻ ആ നുൽമത്തിൻ നൂറിന്റെ മുരിതായ ആ വ്യക്തി നൂറിന്റെ മുരിതായ നിർക്കുള്ള നുൽമത്തിന്റെ മുരിതായ നിർക്കുള്ള കനിയമായിട്ട് കഴിഞ്ഞതാണ് നുൽമത്തിന്റെ മുരിന്ന് പറഞ്ഞു ബി മാഫി കവാഡിബി ഇവന്റെ ശരീരങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട മേൽവദായിരുന്നു അതി അരാഗ്യസിബത്തിൻ കാണും ഒരേ തരത്തിലെത്തുന്നത് എന്നാലും കൊത്തൊക്കെ തെളിയുന്നു എന്നാലും ഓരോ പ്രായ രോഗത്തിൽ വിശാലമാണെന്ന് മനസ്സിലാക്കാം ഇത് അത് പറഞ്ഞു ഹാദറമീ പറഞ്ഞത് കഴിഞ്ഞു ഏന് വെളിഞ്ഞും ബാക്കിയുണ്ടല്ലോ എങ്ങനെയുണ്ട് തനിച്ച മത്സരം പറ്റുന്തന്യൻ എന്ന പോലെ കുത്താപ്പറ്റു വൈകാന ആവാൻ അവ എന്നെ പൊക്കിക്കൊണ്ടിട്ടും വെറും ടാക്സ് പിന്നെ വെള്ളിയിട്ടുള്ളതാണോ വയനാഗത്തെ തറസ് ഇലാകി മറ്റുള്ള ആളെ മുമ്പിൽ ഇവം പാടില്ല എന്നുള്ള നിലപാടിലാണോ ഹാരിക്കും നിമസത്ത് പോവുക എന്നൊരു ചാരി എനിക്ക് കൂട്ടിക്കൊടുത്തത് يوم بمونه يابا اي فتيتو هذا مين عندنا برضو اون شاريم برضو اونلي ما علامه الاول قلنا سبب العلامه المصهور لله بوقتني اللي نشتهطت بنيت وعلامه الاول علامه الوقوف على حد ما يتابي التعبير من غير زياده ملاطشين താബീർ സംഭവിക്കുന്ന ആ കഥ മാത്രം നിൽക്കുക അതിന്റെ അപ്പുറം ചെയ്യാതോ അതിനപ്പുറം കുറ്റപ്പെടുത്തലോ ഒന്നും ഇല്ലാതെ താബേറിൽ കൂടി തിരിഞ്ഞൊരു കാര്യം ഉണ്ടാവുമല്ലോ അത് മാത്രം മനസ്സിലാക്കുക അതിന്റെ അപ്പുറം തിരിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുക ഒന്നും ഇല്ലാതെ ഭംഗി അറിയാം പറഞ്ഞു കഴിഞ്ഞു പോവില്ല അതാണ് ഒന്നാമത്തോടെ അരാമത്തും എനിക്ക് തിരിയുന്നില്ല എന്നല്ലേ പറഞ്ഞു അതൊക്കെ താബേറിന്റെ കണക്കനുസരിച്ച് ഇത്തരത്തോടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിന്റെ അപ്പുറം കൂട്ടാൻ കഴിയൂല വിമർശിക്കലില്ല താബേറിന്റെ അപ്പുറം വൃത്തി കിടക്കുന്നില്ല വിമർശനമില്ല അലാമത്ത് രണ്ടാമത്തവന്റെ അലാമത്തന്താൽഹോമി മഹാത്മി ടേക്കെല്ലാം കേന്ദ്രങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഓടി മറന്നിട്ട് ഇവനാണ് വെളിയാളെന്നുള്ള വിശാലമായ ലേഹയുമായിട്ട് വരുന്നു മറ്റുള്ള ആളുകളെ കൊറ്റമൂങ്ങൂർമായിട്ടാണ് നടക്കുന്നത് ഹാലിക്കേണ്ടത് ബോമർ സക്കുള്ള ആർക്കെങ്കിലും തലത്തിലെയും എന്നൊരു അവസ്ഥ കൊടുത്തോ ബഹുമാവൂല അതന്നെ ഏറ്റവും നല്ലത് കൊണ്ടോയിക്കോട്ടെ നമുക്കൊന്നും അറക്കുക നമ്മായി ചോദിക്കപ്പെട്ട് ഇഭിന അറബീത്തങ്ങളെപ്പറ്റി ഇഭിന അറബീത്തങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ എന്താണെന്ന് ഉറപ്പില്ല ഇങ്ങെന്താ പറയുന്നത് മൂപ്പർ പറഞ്ഞ് അൽ കലാമു കലാമു ആ കലാം കേട്ടാൽ ശരിയായ സൂപ്പിന്റെ കലാമ അതോടൊപ്പം ചിൽത്ത ഉമ്മത്തും കഥസ്ഥലാമാക്കാത്ത ആ ചോദ്യം അതൊരു പ്രത്യേക ഉമ്മത്താണ് ഓറെ ചെയ്തത് നല്ലതുണ്ടോ അതിൽ ഓർത്ത് അനുകൂലമുണ്ട് ഓറുവല്ല തെറ്റും ചെയ്ത് നമ്മളോട് ചോദിക്കപ്പെടുകയാണോ അതുകൊണ്ട് കേട്ട സൂപ്പിന്റെ കലാമ അതിനപ്പുറം എനിക്ക് പറയാൻ കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് വെച്ചല്ല മഞ്ചാ മറുപടി ചോദിക്കപ്പെട്ടപ്പോഴും ഈ ആരെ പറ്റി ഇബിനെറബി തങ്ങളെ പറ്റി ചോദിച്ചപ്പോഴും പറഞ്ഞതും അതേ രീതിയിൽ തന്നെ പറഞ്ഞില്ല പറഞ്ഞു അതേ രീതിയിൽ അത് ഇബിനുൽഫാൻ തങ്ങളെ പറ്റി ചോദിക്കപ്പെട്ടു അവരെ പറ്റി പറഞ്ഞ അത് തന്നെ ഇബിനുൽഫാൻ തങ്ങളെ ഒരു കുറെ നല്ല ഭാഗിയായ ഹക്കായി കിന്റെ ആളാണെന്നല്ലോ പ്രബി ദീപാൻ തന്നെ അതൊന്ന് വിട്ടണുൽഫാൻ ദീപാൻ ഇബിനുൽഫാൻ ബാലന്റെ താന്റെ താന്റെ ഒരു ഓറ്റുകൾ കുറെ മിരലും കാണാം തായി എത്തി വീട്ടിൽ നിന്നും ഇങ്ങനെ വരുമല്ല എന്നിട്ട് വതക്ക പത്തി കലാമെന്നാൽ മുങ്കിരീന പറഞ്ഞി മുങ്കിരീങ്ങളും എല്ലാവരും ഇവരിൽ പാറ മിനെപ്പറ്റിയുള്ള കലാമൂമ്പുറ പറഞ്ഞു വകത്ത് പറയുന്നു വക്കാല ഞാൻ അയൽ കലാമൻ വയസ്രക്കൽ കായില നെറ്റിമാണി സൗപത്തിനീ ആ കലാമിനെ എത്ര അത് പറയാം ആ പറഞ്ഞ കായില ഞാൻ ഒന്നും പറയണ്ട അങ്ങനെ ഒരു വർഷം ദോപ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിലോ പറഞ്ഞ വാക്കിലെന്തല്ലോ ചില്ല പന്തികളുണ്ട് പറഞ്ഞോളപ്പം ഞാൻ ഒന്നും വാക്ക് ശരിയല്ല എന്ന് പറഞ്ഞാളാം പറഞ്ഞാളുണ്ടാക്കോ ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ അവിടെ വയസ്സപ്പ് ഹൂന്നുണ്ടത്തൽ കായില കരാമിന്റെ മൂലം നമുക്ക് എത്രയാൾ പറഞ്ഞു പറഞ്ഞോ അതേ അത്തരത്തിൽ താരം ലഭ്യത്തിൽ നിന്ന് ബുക്കൾക്ക് എന്താന്ന് പറയും എന്താ അറിയാപ്പം തന്നെ കൊടുത്തു വൈൻകാറു അഹരിൽകാർക്കെതിരെ അഹരുന്താഹി ഇൻഗാറാക്കുന്ന എന്തുകൊണ്ടാ ലാതമി സഹമി അപ്പസോദിഹി ഈ ബാത്ത് എന്റെ അനുകാരോ ഇബാറത്തെത്താൻ ആ ഇബാറത്തിലുള്ള മക്സൂർ എന്താണ് ഇസ്രഹാരി എന്താന്ന് എന്തുദ്ദേശിച്ചുകൊണ്ട് ഈ കലാമ പ്രയോഗിച്ചത് എന്ന് നമുക്ക് ചിന്തില്ല ഹരി അല്ലേ ഓരോരുടെ ഇസ്രഹാസുണ്ട് മിനറവിത്തങ്ങളുടെ കിതാബിന്റെ പ്രത്യേക ഇസിലാഹ്യാണ് അതിനൊരു ഡിസൈ തന്നെയുണ്ട് മിനറബിത്തങ്ങൾ ഇന്ന കിതാബ് ഇന്ന പ്രയോഗിച്ചതിന്റെ കലാപിതങ്ങൾക്ക് ഡിസഭി തന്നെ പിന്നെ അർബിറ്റാൻ എന്റെ ഭാഗമാണ് കിതാബ് എടുത്ത് ആ കിറ്റാബ് എടുത്തോട്ട് ഒരു ഗൈഡ് ഇന്ന ഇന്നും ഇന്നതാണ് മൂപ്പർ മുറാത് ഇന്നതാണ് മുറാത് ഇന്നതാണ് മുറാദ് എന്ന് പറഞ്ഞോളൂ അപ്പൊ അവളുടെ ഗോവ അറിയാൻ മൂപ്പറുക്കത്തിൽ പറഞ്ഞല്ലോ നമ്മളെ ഇത്തരത്തിൽ അറിയാത്ത ആളെ കിട്ടാബത്തിൽ ആറാമാകുന്നു അത് വല്ല വളരെ പിന്നെ ഇത്തരവാദി എന്താണെന്ന് എന്റെ ഉറക്കത്തിലറി പിന്നെ മാമിനി പിന്നാസിന് പ്രത്യേകത്തിലാണിന്റെ അദ്ദേഹം പാർട്ടത്തിട്ടാൽ എന്താണ് മഷോർ നിബാറത്തിട്ടാൽ എന്ത് അസഹ നിപാർത്തിട്ടാലെന്ത് സഹി നീ പാർത്തിട്ടാൽ എന്ത് പിന്നെ രസം നീവർത്തിട്ടാലെന്ത്രോ ഈ കൂട്ടുപാട്ടുകളൊക്കെ ഇത് മുട്ടടി എന്ന് പറഞ്ഞാൽ എന്താണ് ഔചഹം എന്ന് പറഞ്ഞാൽ എന്താണ് ലാജർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ഇത്ര അടിക്കലോ ഫ്രീച്ച് അടിക്കലോ ടയറിന് കാട്ടടിക്കലോ മറ്റട